ഹിറ്റുമുകളുണ്ടല്ലോ അതിൽ നിന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും അന്നു റിയാ ഈ ആട നോയ്ക്കോ ധിയായിനത്തോട് ചോദിക്കപ്പെട്ട് സകാല അലൽ ബദീഹ ഉടനടിയായി കൂടുതൽ ആലോചിക്കേണ്ടി ഒരറ്റടിക്ക് മറുപടി കൊടുത്തത് എന്താണ് ും എന്നൊരറ്റവാൻ അതിന്റെ അരിപ്പറുണ്ട് ദിയാദ് എന്ന് പറഞ്ഞാൽ ആള് കാണാൻ വേണ്ടി അമ്മ ചെയ്തിട്ടുണ്ടല്ല അല്ലാന്റെ കൂടിക്കല്ലാതെ കണ്ട് ആള് കാണാൻ വേണ്ടി അമ്മ ചെയ്തിട്ടുണ്ടല്ല ഉപ്പാക്ക് കൊണ്ടിരിക്കണി മുത്താവിനോണ്ടിച്ച് ഇരിക്കുന്നു ആൾ കാണാൻ വേണ്ടി ഒരു സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടും മറിച്ചാണ് അതാണ് അത് ഒരു പിത്തിനെയാണ് അക്കതഹൻ ഹവ തടിഹവ അതിന കെട്ടിവെച്ചു എവിടെ ചെറുതെന്ന് അമ്പസാദ് കൊലോബിൽ ഒരമാ ഒലമാ ഇന്റെ കൊലോബിന്റെ അത് കഴിച്ചിട്ടുണ്ടല്ലോ അടി നേരെ മുമ്പിലട കെട്ടിച്ചു കൊണ്ടപ്പോയിപ്പോ നറു ഇലൈഹ അതിലേക്ക് ഇവർ നോക്കി எனனுக்கே திரு اختيار النفوس نفس اختيار اكوナルது காரணத்த النفسல இருந்து اختيار اكو النقطهติ തെറ്റുവെترلണ്ടല്ല അങ്ങന അതിനെ പറഞ്ഞു കൊടുക്കും அப்போ maksudндайമായി അബ ഫഹബ്തതു അമാലഹും അവർ அமലുകളെ മുഴുവനും ಅವರು குளிச்சെന്നുണ്ടായി എന്നാണ് വരുന്നത് وقال التافي رحمه الله مرينو اذا انت اخت على عملك الذيبா നിന്റെ അമലിൽ നീ ഉജിബ് കടന്നേക്കും എന്ന് നീ പേടിച്ചാൽ നീ എന്താ കൊണ്ട് ഇലാമം തൊലുമോ ആരുടെ നിലയാണ് ആരുടെ പൊരുത്തമാണ് നീ തേടാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അത് ചിന്തിച്ചാൽ മതി എന്നാ പിന്നെ അമലിൽ ഉജിബുണ്ടാവില്ല ആരെ പൊരുത്തം തേടാനാ അമലി ചെയ്യുന്നത് അല്ലാണ്ട് പൊരുത്തം തന്നെ അള്ളാന്റെ പൊരുത്തം തേടാൻ നിന്നെ ചോദിക്കാൻ മതി മതിയാവുകയക്കാനായിട്ട് ഞാൻ സമയം ചെയ്യുന്നതെന്ന് പറയാനേ അള്ളാന്റെ തിച്ചനും ചേർന്ന് അമ്മ കൊടുത്താൽ കിട്ടാവുന്ന സാധനാവെന്ന് ആലോചിച്ചാൽ മതിയുന്നുറബോ ഏത് കൂലിയാണ് ഞാൻ ആഗ്രഹിക്കുന്ന ആലോചിച്ചോ ഒരു ചാട്ടപാറ് വെക്കാനുള്ള സ്ഥലം ദുഞ്ഞാവും തുന്നയാവൻ മുഴുവനും കൊടുത്താലും കിട്ടൂല എന്നാ സ്വർഗത്തിൽ എട്ടും ഡിഗ്രി കുറഞ്ഞ സ്വർഗമുണ്ടല്ല ആ ഒരു ചാട്ടപാറ് വെക്കാനുള്ള സ്ഥലം കിട്ടണമെങ്കിൽ ദുഞ്ഞാവും തുന്നാവനെ മുഴുവനും മൂല്യമായിട്ട് കൊടുത്താലും കിട്ടൂല എന്നാ പറഞ്ഞത് നിങ്ങൾക്ക് വിട്ടേണ്ട ജനാൾ കിർദൂസാ ദുവിനുമാനിക്കും അസ്സലാം അതിന്റെ മുതലിട്ടെന്താന്ന് പത്ത് സ്ഥലാത്ത് എന്റെ കത്ത് നിൽക്കാരോ അതെന്നെ ന്യൂനം ന്യൂനതയില്ലാത്തതെന്ന് പറഞ്ഞൂടാം ഏത് ശിക്ഷയെ തൊട്ടാണ് നീ പേടിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക വായു ആസിയത്തിൻ തെക്കൂ ഏതൊരാശയത്തിന് വേണ്ടിയാണ് നീ നന്ദിയെ രേഖപ്പെടുത്തുന്നത് എന്ന് ചിന്തിക്കാം വായു ബലായും ചൊതുക്കർ ഏത് ബലായനിയാണ് നീ ഓർക്കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കാം ഇന്ന കീഴാ തറുത്ത ഈ വാഹിദി മിന്നാദി ഈ പറയപ്പെട്ട എത്ര ഫിസാൽ പറഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാര്യം ഈ അഞ്ചിൽ ഏതെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ തന്നെ സഹുറഫി അയിനിക്കമലും നിന്റെ കണ്ണിൽ നിന്റെ അമലി ചെറുതിക്കൊള്ളും ഇമാ പറയുന്നു ഷാഫി മാമിന്റെ കലാമ് കഴിഞ്ഞു ഈ കലാമിൽ നിന്ന് മൂപ്പർക്ക് എത്രത്തോളം തസമൂഹമായിട്ട് അഴത്തിനറിയാന്ന് മനസ്സിലാക്കാം റജുബിന് ഉണ്ടാകുന്ന ചികിത്സയും മൂപ്പർ വിശദീകരിച്ചത് എത്ര പെട്ടെന്ന് കഴിഞ്ഞൂടിയൽ കൽബി എത്തരത്തിൽ ആണല്ലോ ആസാതുൽ കൽബിൽ ഏറ്റവും മേലെ ഘടക هذا نعم برا برا برا برا برا وقال الشافيئي رضي الله عنه من لم يصل نفسه لم ينفعه إلمه نفسي ولان كتل تنقل كتل عكاة وشم وانده إلم وانده بغارتنا طولان وقال رحمه الله من أطاع الله تعالى بالإلم نفعه سره ഒരാൾക്ക് അമ്പാഹു മഹാനഹൂബത്താല ഇൽമ കൊണ്ട് അമ്മാഹുത്താലൊക്കെ വെളിപ്പെട്ട ആളുണ്ടല്ലോ ആ ഇൽമിന്റെ സിറ് അവന് നല്ല നെട്ടിലെത്തിക്കും ഏതൊരാളുണ്ടാവട്ടെ ആരെങ്കിലും ഒരു മൊഹിബ അവൻ ഉണ്ടാവും ആരെങ്കിലും വെറുക്കുന്ന ഒരാളോ അവനുണ്ടാവും ലോകത്തിന് സ്ഥിതിയാതാം ഏതിന് മനസ്സിലുണ്ടെങ്കിലും അവൻ എന്നിട്ട് ഒരു മൊഹിബുണ്ട് അതുകൊണ്ട് പൈതാക്കണ കലാലിക്ക ഭൻ ഹരി പാറ്റില്ലായവല അങ്ങനായ വർത്തക്ക് അമ്മന്റെ പാറ്റിന്റെ ഹരിതാടെ കൂട്ടത്തിന്റെ ഓണം ആയിക്കോട്ടെ ഇന്നതെന്ത് മഹമ്പത്ത് ഓക്കെ കിട്ടിയല്ല ഓറെ മഹമ്പത്തിൻ്റെ കൂട്ടും കിട്ടില്ലേ കൂടാൻ വിയാച്ച പിന്നെ നല്ല കൂട്ടം അത് അതിനോ وروي يا انم ابن القاهر بن عبد العزيز كان رجلا صالحا ورئا رضي الله عنه ادي عبد القاهر بن قنداع عبد القاهر بن عبد العزيز എന്നവായിരുന്നു كان رجلا صالحا ورئا നല്ല സൂക്ഷമയുള്ള তাকവയുള്ള સાനഹ ആയിരുന്നു വകാന യത്തറു 샤ഫിയ റളിയല്ലാഹു അൻഹയോട് ഒരു വന്ന് ചോദിക്കുന്നു എന്നെ കുറിച്ച് അൻ മസാഇറ ഫിൽ വരി സൂക്ഷ്മതയെക്കുറിച്ചുള്ള കുറെ മസലകളോ ആരോട് ചോദിക്കും ഇമാമിനോട് ചോദിക്കും ഷാഫിമാണെങ്കിലോ മൂക്രവലിയെ ബഹുമാനിക്കും ഇനിവലി പറയാളാണല്ലോ അനി അബ്ദുൽ ഖാദി ആ കാരണം വെച്ചുള്ള ബഹുമാനിക്കുകയും ചെയ്യും ഷാഫിമാമിനോട് ഓരോ ദിവസം ചോദിച്ചതാണ് അയ്യമ്മ അഫതലോ താഴെ പറയുന്ന മൂന്ന് കാര്യം എന്തെങ്കിലും ഏതാ അഫതലായ നിറതാന്നാ ചോദിക്കണം ഒന്ന് അസബുറും രണ്ട് മെഹനത്ത് മൂന്ന് തമകീൻ അത്യഹത്താലെ തമകീം ചെയ്ത് കൊടുക്കുന്നതായിട്ട് പദവൊരു പദവി കൊടുത്തിട്ടുണ്ടല്ലോ ഈ മൂന്നിൽ നിന്ന് യഥാ അസമര് നൂത്രം എന്താ പറഞ്ഞാൽ ഒന്നൊന്നിന്റെ പിന്നാലുണ്ടാവലാണ് ആദ്യം അന്നാഹത്താല് മിഹിനു കൊടുക്കും മെഹനത്ത് കൊടുക്കുമ്പോൾ സബുരം ഉണ്ടാകണം മിഹനത്തിൽ സബുരം ഉണ്ടായില്ലെങ്കിൽ തമിക് മോശാരായിട്ട് കൊടുക്കുന്നവരില്ല ഒന്നൊന്നിന്റെ കൊണ്ട് അത്യാക്കി കൊടുക്കുന്നു ഏറ്റടിക്കാൻ മറുപടി കൊടുക്കുന്നു فكان الشافعي رضي الله عنه يرون اتم كين الدرجه اللبياء ايه ولا يمكن يكون التمكين الا بعد المحنته المحنته شهشمان التمكين உண்டावेली وينم ت وهنا وينم تو هنا الله تعالى امتحان دیتاला सबरा सबरोндиवर अपादी इम्तिहाने इम्तिहाने तो सबरु अदिसेशे तमकीन ला ಗುರ್ತಲಾನು واذا صبر <تصفيق> مكنه അതെ തെളിവത് അലാത്ത ഇബ്രാഹിം ഇബ്രാഹിം അലഹി ഇസ്ലാമിന് ആദ്യം അള്ളാഹുത്താല ഭരീക്ഷണം നടത്തിയിട്ടുണ്ട് അപ്പൊ അതിനുശേഷം സബുറുണ്ട് വംതഹന മൂസാലിസ്ലാമിനെ അള്ളാഹുത്താല ഉപദേശിച്ച് സുമ്മക്കനഹു വംതഹന അയ്യൂബ് അലഹിസ്ലാമി ഇമ്ഹാൻ ചെയ്ത് സുമ്മനഹു വംതഹന സുലൈമാൻ സുമ്മക്കനഹു അതുകൊണ്ട് ഹാനൊക്കെ ചെയ്ത് കണ്ണമെല്ലാം കടന്ന് പിന്നീട് അവസാനം ജയിലിൽ കടന്ന ശേഷമാണ് കഥാലിക്ക മക്കൻ അലി യൂസുഫെന്ന് പറഞ്ഞത് വഅ്യൂബ അലി ഇസ്സലാം ബാദൽ മെഹനത്തിൽ അയ്യൂബ അലി ഇസ്സലാമിന് വലിയ പരീക്ഷണത്തിന് ശേഷമാണ് തംഖ്യം കൊടുത്തത് അല്ലാഹത്താല പറയുന്നു എന്നുള്ള ആയുധം മഹാദൽ കലാമിന്റെ കലാമന്താ നൂപ്പർ ഉദ്ദേശിച്ച ആയത്ത് ഉപയോഗിച്ചതിന്റെ പെട്ടെന്ന് കണ്ടിട്ട് തന്റെ ദരീര്യം കൊടുത്തല്ലോ അത് അറിയിക്കുന്ന ഖുർആാനിന്റെ അസ്താർ മൂപ്പർ ആഴത്തിന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് അല്ലെങ്കിൽ ഇത്രയും വേഗത്തിൽ ആയത്തോതിക്കൊണ്ട് അർത്ഥം അതിന്റെ വ്യാഖ്യാനപ്പെടില്ല അതുപോലെ അള്ളാഹുനെ കൊണ്ട് സേവ് ചെയ്യുന്നവരാണ് അമ്പിയാക്കൾക്കൾ ഔലിയാക്കൾ ശേഷം ഉണ്ടാവും അമ്പിയാക്കൾ മുമ്പിലുണ്ടാവും എല്ലാത്തിനും മുമ്പിലും ബീസല്ല നാല് ദിവസം ല മണങ്ങളുണ്ടാവും ലാട്ട് സാലിഖ്യങ്ങളും വേക്കിലുണ്ടാവും അരമായ സാലിഖ്യങ്ങൾ അവരുടെ ദറാത്തിനെ കുറിച്ചിട്ടും അവരുടെ മക്കാമത്തിനെ കുറിച്ചിട്ടും ആഴത്തിൽ അറിയാമെന്ന വക്കുല്ലുകാലിക്ക ഇതൊക്കെ തന്നെയാണല്ലോ ചോദിക്കപ്പെട്ടു എപ്പോഴാണ് ആവുക അയാൾ അലിമാണ് എന്ന് പറഞ്ഞിട്ടില്ല ന് ശരിക്ക് തെഹക്കു കാക്കുക ദീനൽ എന്തല്ല വേണ്ടത് വെച്ചു എന്നിട്ട് അത് അറിഞ്ഞിന് ബാക്കി ഒരു രൂമിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്ന് വയ്യ നോക്കുക ദീൻ കഴിഞ്ഞതിന് ശേഷം ബാക്കി ഒരു രൂമിലേക്ക് ഇല്ല ദീനൽ അനിവാര്യമായ തെഹക്കുകാക്കിയതിന് ശേഷം ബാക്കിയുള്ള അവരോമങ്ങൾ അതിലേക്ക് അവിടെ താഹ്രള്ളത പറഞ്ഞിട്ടുള്ളൂ തെഹക്കാന്ന് വന്നിട്ടുമില്ല അതിലേക്ക് എത്തി വട്ടം അതിനുവേണ്ടി ഈ ആഴത്തിലുള്ള ചിന്തയെ സംബന്ധിച്ച് ഉപ്രബത്തന്നെ പറഞ്ഞിട്ടില്ല നമുക്കറിയില്ല തെഹക്കാ തെഹപ്പറാന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ട് ഒപ്പറ ഭീമ പാത്തു ഇവൻ ഇനി എന്താ നഷ്ടപ്പെട്ടത് എന്ന് നോക്കി അതെല്ലാം വീണ്ടെടുത്തു കഴിഞ്ഞാൽ ഫൈൻ്റെ താലിക്ക് ഞെക്കുമെന്ന് വാടിയവൻ അന്നേരം ആകുക ഞങ്ങളുടെ കല്ലാസം വാങ്ങിക്കഴിഞ്ഞാട് മൂന്നും ുപ്പായം മുണുപ്പായിട്ടും അങ്ങനല്ലൂസ് ജാലിനൂസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഡോക്ടറായിരുന്നു കൂടാത്ത കാലത്തുള്ള ഡോക്ടറായിരുന്നു ഇന്നൊക്കെ താമൂറുള്ളിൽ വാഹിതി ബിൽ അത്വയ്യത്തിൽ കസീറത്തിൽ മുറ്റം എന്താ ഒരേ ഒരു രോഗത്തിന് പലതരത്തിലുള്ള മരുന്നുകൾ ഒരുമിച്ച് കൂട്ടിയ ഒരു കോമ്പിനേഷനാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് രോഗം ഒന്ന് ദുരിതങ്ങളായ മരുന്ന് കൂട്ടിച്ചേർത്തിട്ട് ദശാലയോ ലേനിയോ കുടിയെല്ലാം കൂടെ പല മരണ കൂട്ടുന്നു അപ്പൊ ഹോമിയോപ്പതി ഓടല്ല ഹോമിയോപ്പതിക്ക് ഒറ്റ ഒന്ന് ഒന്ന് രണ്ടാമത്തെ കൂട്ടൂല തക്കാല അപ്പൊ ഉറന്ത പറഞ്ഞോ ഇന്നമ്മൽ മൊക്കസൂദും ഇന്ന വാഹിദ് രോഗിക്കോടെ മൊക്കസൂദ് ഒറ്റന്ന് വസ്ത്രം ഉണ്ടാവുള്ളൂ എല്ലാ വരും രോഗി കുടിക്കാനുണ്ടല്ല വൈന്നമായ അജ്ഞാന മഹനു വൈറുഹു മറ്റുള്ള എന്തിനാ പിന്നെ കൂട്ടുന്നെന്തിന് പത്ത് വേണമെന്നുണ്ടെങ്കിൽ പരത്തിൽപ്പെട്ട ഒന്നേ രോഗിക്ക് ആവശ്യമുള്ള ഉണ്ടാവുള്ളൂ ബാക്കി എന്തിനാ ബാക്കി ഒമ്പെണ്ണം കൂട്ടിയെന്തിനും ഹിദ്ഹു ആ ഹിദ്ദത്തു ആ മക്സൂദാകും വേണ്ടല്ല അതിന്റെ കാടിൽ നിന്ന് കൊച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് മരുന്നിന് കുറച്ച് രൂക്ഷത ഉണ്ടാവും ആ രൂക്ഷത കുറച്ച് അതിനൊന്ന് പാകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബാക്കി അഡീഷണലായ മരുന്നുകളൊക്കെ ചേർത്ത് കൊടുക്കുന്ന ആവുന്നത് അതുകൊണ്ട് ഞാനല്ലാതെ കാത്തിൽ വറ്റിയാറ്റി കൊടുത്തിട്ട് കാത്തിലാവും അപ്പൊ അങ്ങനെ ഒരു ഹോമിയോപ്പതി കാത്തിൽ ഇല്ലേ കാത്തിൽ ആവുമല്ല ഹോമിയതി ഹോമിയോപ്പതി പോലാത്ത കാത്തി ലാവും ഒൻപത് സ്ഥിതിരം കൊടുക്കുന്നു മറ്റൊരാണി കിടക്കിന് രണ്ടോസ് മൂന്ന് ദിവസ ക്ലാസ് വെറ്റി കുടിക്കുമ്പോ സ്ഥിര കൊടുക്കുന്നു അത് അതിലാവില്ല അന്നേരം പുതിയ രോഗം ഉണ്ടാവും ആ പുതിയ രോഗം ഉണ്ടാവുമ്പോൾ പുതിയ രോഗത്തിലുള്ള പഴയ രോഗം സ്ഥലം കൊടുക്കലാണ് അതായത് ദത്തോ സഹാദാവാം സാനുഹോ ഈ പറഞ്ഞിടത്തോളം ഇതിന് തുല്യമായ പലതും يَدُلُّ عَلَيْكُنَّ عَلَى عُلُوِّ رُطُبَتِهِ فِي مَعْرِفَةِ اللَّهِ تَعَالَى وَأُدُوِّ الْآخِرَةِ اللَّهُൻ്റെ മാരിഫത്തിനെ സംബന്ധിച്ചും ആഖിറത്തിലേക്കുള്ള ഒരുമനെ സംബന്ധിച്ചും മുഹർദ എത്ര മാത്രം ഉന്നതമായ মর্যাദയൊന്നും ഉണ്ടായിരുന്നത് എന്ന് അറിയുക എനി അണ്ടാമത്ര കാര്യം പറഞ്ഞു എന്താണ് ഓപ്പറ നല്ല നിയത്തയ ഇരുന്ന് എന്ത് കാര്യത്തിലും അല്ലാഹുൻ്റെ വഴിയല്ല വെറുതാം ഉണ്ടായിരുന്നില്ലാണ് ും ആ സിഖ്ഹി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്തൊക്കെ ഖിലാഫെല്ലാം വാദപ്രതിവാദം നടത്തിയിട്ടൊരു മസ്തല സ്ഥാപിക്കണല്ലോ അതുകൊണ്ടും മൂപ്പർ ഉദ്ദേശിച്ചിരുന്നു എന്ന് വധിഹള്ളാഹി താല അള്ളാഹുവിന്റെ വജിഹിനെ ഉദ്ദേശിച്ചിരുന്നു എന്നതിന് തെളിവാണോ ബഹുമാനപ്പെട്ട വലത്തോട്ട് വിവാദ ചെയ്യപ്പെട്ട ഒരു ചരിത്രം പാല ഒരു പറയുന്നത് വധിപ്പു അന്ന സിന്തോ എൽ ഈ ഇൽമ കൊണ്ട് ജനങ്ങളെല്ലാം ഉപകാരമെടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു എത്തരത്തിൽ വമാൻ നൊസിബിലെ കൈ ഇതിൽപ്പെട്ട ഒന്നും എന്നെ കൊണ്ട് ചെറുക്കിയും വേണ്ട ചാത്തിന്റെ വർത്തമാണ ഇതിൽ കിട്ടി നിന്നും ആരും പറയണ്ട ഇതുകൊണ്ട് ഉപകാരം കിട്ടിയാണ് വരീന്ന് നോക്കുന്നത് ഈ എൽമ് പ്രചരിപ്പിച്ചതും ഈ ജിജ്ഞാദി ഇത് ഉണ്ടാക്കി നിർത്തിക്കൊന്നും ഞാനാണ് ഉണ്ടാക്കിയെന്ന് ആര് പറയേണ്ട എന്നെ കൊണ്ടൊന്നും ഈ പാകം പ്രകാരം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ മുസന്നിപ്പാകൊന്നും ഒന്ന് അറിയണമെന്ന് വെച്ചാൽ പൊക്ക് പോട്ടം പരിചയം കൊടുക്കുന്നു മുങ്കണ്ണിമാർ ഇന്നാളാ പറയുന്നവരെ കിത്തായി കാണുന്നില്ല കന്നിമാർ അടങ്ങിണ്ട ഞാൻ ഇന്നാള് പറയുന്നു ഏ അങ്ങനെ ഒന്നും ഉറങ്ങുന്നില്ല കിതാബാണെങ്കിൽ ഉണ്ടാക്കിയത് ഉമ്മത്ത് മുസമ്മത്തിന്റെ പക്കുപ്പാന്ന് ആരിക്കും അടിക്കാം പ്രത്യേക ദേശവൽക്കരിച്ച് നമ്മളെ പൊട്ടീനെ അടിച്ചിടൂ എന്നുള്ള അറിയില്ല പൂർവികന്മാരെ ഏത് കിതാബ് ആയിക്കോടിക്കാം ആയിക്കുങ്ങിയും ഉപയോഗപ്പെടുത്താം വൈക്കൊള്ളുന്നേ ഉള്ളൂ ഇന്നാളൊന്നുമില്ല ഇത് ഇന്നാളെ കിതാബ് ആകുന്നു എന്ന് ഒരു മഹസൂല കാർത്തിയത്തിലിൽമി വലബലിമിന്റെ വേണ്ടി പേര് തേടലി അതുപോലെ തന്നെ ഇൽമോഡുണ്ടായിത്തിയിരുന്ന ആഫത്ത് കൂപ്പർ നേരത്തെ കണ്ടുവച്ചല്ലേ ട്ടോ ആ കാര്യങ്ങളിലേക്കെല്ലാം തിരിഞ്ഞു നോക്കലിനെ തൊട്ട് കൽബ മുലർദ്ധ ആണ് അറിയിക്കുന്നു ഇതിന് മുസന്നിഫാനൊന്നും അറിഞ്ഞോളമെന്നില്ല മുജർദൻ നീങ്ങത്തി ജീഹരി വധില്ലാഹിത്ത മുജരിദൻ നീങ്ങത്തി ജീഹരി വധില്ലാഹിത്ത ആ വിഷയത്തിലൊക്കെ നീങ്ങത്ത് അള്ളാഹുത്താലയ്ക്ക് വേണ്ടി മാത്രം തണുപ്പിക്കുന്നവരായ രീതിയിലാണ് പ്രകൃതി കൂടിയത് എന്ന് പറഞ്ഞു ഞാനോടെങ്കിലും ഒരു മക്കാരയിലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ നീ പഴക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കാറില്ലെന്ന് അദ്ദേഹത്തിന് പഠിച്ചാലല്ല ഞാൻ ജയിച്ചതി അങ്ങനെ ഞാൻ പൊടി وَقَارَ مَا كَلَّمْتُ عَدًا قَبْتُ إِلَّا هَبَبَتُ عَيْ وَفَّقَ وَيُسَدَّدَ وَيُعَانَ وَيَكُونَ عَلَيْهِ إِعَيَةٌ اللَّهُ مِّنَ اللَّهِ تَعَلَى وَحِي صُّلُّمِينًا وَحِي صُّلُّمِينًا نَعَ نَعَرَ دَنْجِلِهُمْ أُنُّ تَمْسَارِكَةِ <تصفيق> اللَّهَ عَابَ اسْكِيرُ دَلُّهُمْ تَمْسَارِكَن അദ്ദേഹത്തിന് ഇവരെ തോഫി കിട്ടപ്പെടണം അദ്ദേഹം നേരെ സവാബിലേക്ക് എത്തിത്തീർക്കണം അള്ളാഹുവിന്റെ പ്രത്യേകമായ അവനി അവന്റെ തിരിഹാരത്തും ഹിസു അദ്ദേഹത്തിന് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടല്ലാതെ ഞാൻ ആരോട് സംസാരിച്ചിട്ടില്ല എന്നാണ് അപ്പം മറ്റൊന്ന് തോക്കണം മറ്റോം തോക്കണമെന്നൊക്കെ സംസാരിച്ചു കൊണ്ടു അഥവാ ഒന്ന് ജയിക്കൂന്നുള്ള പോയിന്റ് കാണാൻ പെട്ടെന്ന് റൂട്ട് മാറ്റിയിട്ട് ഇത് പാലവരിക്കില്ല അതിന്റെ പ്രത്യേക ക്വസ്റ്റിനെ പഠിക്കണം അല്ലെങ്കിൽ ഓൻ ജയിച്ചോളിയോ അത് ജനങ്ങൾ അറിയുന്നതിന് മുമ്പ് ഉണ്ടാക്കണോ പാലോചിക്കണം അതിനും ഇവിടെ കൂക്കാൻ വേണ്ടി ആളോപ്പിക്കും ആദ്യം ഫോൺ ജയിക്കുമെന്നല്ലേ ഏകദേശം കണ്ടെന്ന് കണ്ടുമ്പോ ഇവിടുന്ന് പൂക്കോടും അതിന്റെ പിന്നീട് എല്ലാം ഉണ്ട് അച്ഛനെ നമ്മൾക്കറിയുന്നല്ലോണം ഞമ്മണം ഈ പുട്ടും പുട്ടിന്റെ പൊടിയും ചട്ടി തുടച്ചിട്ട് പഠിച്ചാണോ നീ ചെയത് അപ്പൊ തോക്കുന്ന ആളാ പൂക്കൽ എന്ന് അത് തീരുമാനിച്ചാൽ മതി തോക്കും പൂക്കും തമ്മിൽ ബന്ധമുണ്ട് മുതാസപ്പൻ ം തുൻ പത്ത് വഹന ഉപാനി അഞ്ചു മഹീനം ഞാൻ ആരോടെങ്കിലും സംസാരിച്ചിട്ടില്ല എന്റെ നാവിൽ കൂടി തന്നെ ഹക്ക് പുറത്തു വരണം എന്നെ അവന്റെ നാവിൽ കൂടിയോ എന്ന് കാണത്തില്ല ഏതെങ്കിലും സത്യം ചെയ്യണം ഞാൻ പറഞ്ഞതേ നേതാക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ദുർവാസ്യം എനിക്കുണ്ടായിട്ടില്ല മറ്റൊ പറഞ്ഞാൽ ഇരിക്കാവാം അപ്പൊ ഞാൻ സമ്മർദ്ദം കൊടുക്കും ഹക്കിനെയും ശരിയായ തെളിവിനെയും ഞാൻ വാരിതാക്കി അവതരിപ്പിച്ചു അപ്പൊ എന്താറിയോ ഒരാൾ അത് സ്വീകരിച്ചു എന്റെ വക്കലിനും എന്താ ഞാനവരെ വലിയ ബഹുമാനിച്ചിട്ടല്ലാണ്ട് ഉണ്ടാവില്ല എന്നാണ് ആ ഹക്ക് സ്വീകരിച്ച വകുപ്പിൽ അവനോട് വലിയ ബഹുമാനാണ് നിൽക്കും अवंद महब्बत ने मैं ऊंचो अर्पित करना नहीं मिटिला है आ इबतुहू हां भाई हां बा येलेले मलेले वेरला यहां बोलको हाफा यहा बोललेला मालिक मुस्तनब यहा बोलो नारम खितहु नरी माने ഹാഫ് എങ്ങനെ ഇല്ല ഹഫ്തു ഗുണ എന്തെങ്കിലും പറഞ്ഞു മുലാലിയാണെങ്കിലോ മുലാലിയുള്ള ക്യാഷ് മറ്റുണ്ടോ <payment about smoke> <coughs> <coughs> <has contamination> <infectious> <meals�ifer> ും ചിന്തിച്ചിട്ടില്ല എങ്ങനും നോക്കാം ഞാനവനെ പൊരിച്ചു വലിയ ബഹുമാനം കൊടുത്തു അവനോട് എനിക്ക് വലിയ ഈ സ്നേഹ തെരവുകളാണ് അപ്പം ചുരുക്കത്തിന് ഇനി വനാ കാബരണി അതും നരൽ ഹക്കി ഹക്കിനെതിരായിട്ടുണ്ടാക്കി എന്നോട് മുക്കാബറ ചെയ്ത് ഹക്കിൽ ശ്രദ്ധിക്കുന്നില്ല അവൻകെങ്ങും വെറുതെങ്ങിയവാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇവരുടെ വിളിച്ചേ വദാസ അൽജത്ത കൊടുക്കുന്ന തെളിവുകളൊക്കെ തട്ടിക്കളയുന്നു എന്നാൽ ഇല്ലാത്തക്കത്ത മിന്ന ഇനിയ വെറപ്പു എന്റെ കണ്ണിൽ നിന്ന് അവൻ സാക്കിറ്റായി ഓന ഞാൻ എന്താ അവഗണിച്ചു കണ്ടിട്ടല്ലാണുണ്ടാവുന്നത് ആനോട് തമ്മിൽ സംസാരിക്കാൻ നിൽക്കുന്നു മഹാദിഹിൽ അലാമാ പറയപ്പെട്ട അലാമാത്തുകളെന്തൊക്കെയുണ്ടും അതിനുള്ള വാദപ്രതിവാദങ്ങളെ കൊണ്ടും അള്ളാഹു മഹാനഹു വാലാന്റെ വധിനെ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നതിന്റെ അരാമത്തുകളാണ് ഈ കണ്ടതൊക്കെ ഇനിയിപ്പം ജനങ്ങളെന്തായി ബഹുമാനപ്പെട്ടവർക്കുണ്ടായി എന്ന് പറഞ്ഞ അഞ്ചു കാര്യമുണ്ടല്ലോ ദൂതൽ കലാ വിഭാഗത്ത് എൽമുഖം എന്ന് പറഞ്ഞാൽ ആ അഞ്ച് കാര്യങ്ങളിൽ ഒരറ്റക്കാര്യം ഒരു ആ സത്തലത്തിൻ വാഹിതത്തിൻ പക്കത്ത് ഒറ്റ കാര്യത്തിലാണ് ജനങ്ങൾ പിന്തുടർന്നത് അല്ല പ്രോ തുർ വധിത്തൂന്ന് മാത്രം ബാക്കി നാല് കാര്യത്തിനും മൂപ്പർ അംഗീകരിച്ചിട്ടേ ഇല്ല മനസ്സിലാൽ എന്നിട്ടോ ആ തുടർന്നു എന്ന് പറയുന്ന സത്തറത്തും വാഹിതാകുന്ന ഒരു സിക്ണ്ടല്ല ആ വിജയത്തിൽ തന്നെ ഊപ്പർ തിരിച്ചറിപ്പോർ വിചാരിച്ചകൾക്കൊന്നല്ല ഇങ്ങനെ ഉണ്ടാകില്ല പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കാണിക അത് കാണാൻ സാധ്യവുമല്ല ആരെ പോലെ ഷാഫി മാമിനെ പോലെ ഒരു വ്യക്തിത്വത്തിനാ എനി ഞാനും കണ്ടിട്ടില്ല കാണുന്നതിന് കാണാൻ സാധ്യമല്ല എന്നാണ് وقال احمد بن حنبل رضي الله عنه പറയുന്നു 마달리투 살라탐 문두 40 사나 40 콜람 인고토 난 오랏타 니스카람 니키치티라 일라 와나두니 샤피 رحمه الله 꾼디 두아지르타 텔라데 40 콜람 인고토 오랏타 니스카람 냠 바키치티라 놈카 카타이 마드웰라 카튼 두아르콤 판누르 일라이 인사피 다이 와일라 다르티르 마드후 빌루후 ആരാധ വാരക്കന്നാൾ അഹമ്മദു അമ്പൽ അതാത് ആര് മധുരന്ന് ഷാഫി മാമ് ആ അത് എന്ന് ചിന്തിച്ചു നോക്കാം ആരാധകരക്കെന്ന് ആര്ക്ക് വേണ്ടിയാ ദുവാർക്കുന്ന ആലോചിച്ചോ രണ്ടും രണ്ടും നേതാക്കന്മാർ സ്നേഹൽ നക്കറാനവൽ ഹാവിഹൽ ഈ കാലഘട്ടത്തിലുള്ള സാധാരണ അംസാനിങ്ങൾ ഉണ്ട് പരസ്പരം എന്താ ചെയ്യുന്നത് എന്ന് ആലോചിച്ചോക്കുന്നു ഒരേ പോലാത്ത മറ്റേ മോലാസാക്കിയത് മോലാസെ ഇതുവരുന്ന ഒന്ന് പറഞ്ഞട്ടെ നീസാഫോടുകൂടി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടോ നോക്കട്ടെ ഈ കാലഘട്ടങ്ങളിൽ ഒരമായി അൻസാരി ഈ ആസാക്കി നോക്ക് ഇവിടെ അഹമ്മദ് ബിൻ ഹംബൻ തങ്ങള് യാതൊരുടക്ക് ഒരു അക്ഷവിസ്കാരം ബാക്കി വെച്ചിട്ടാണ് ഷാഫിമാവരക്കാട്ടെന്നാണ് ഇപ്പം നടക്കുന്നതോ ഇന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് കണ്ടയും അടിയും ബുദ്ധിയും കൂടലും പിന്നെ ഉള്ളിലുള്ള വൈരാഗ്യവും പാലവക്കലും കൊക്കയും കൊടുത്തും സ്നേഹറും ഈ മരണവും ഇതാമിൽ നടന്നുകൊണ്ടിരിക്കുന്നു അന്നേരാമലി തക്സി റഹംസി ഹാവൂല അത പറഞ്ഞത് ആ കൂട്ടർ നമ്മൾ പിമ്പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നത് ആ ദേവയുടെ പൂർണ്ണമായ തക്തികളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ നിൽക്കുന്നത് അവരെ പിൻപറ്റി തന്നെ ജീവിക്കുന്നെന്ന് പറഞ്ഞ എന്ത് വിഷയത്തിൽ പിൻപറ്റി എന്ന് പറഞ്ഞാൽ മറ്റേത് നാലുകാരെ ഏതാനും പട്ടാടി ഒരു കാലം പോയി ഇയാളെ കീഴിലെടുത്ത് എന്തെറ്റോ ഈൻ്റെ കൂടെ ഞാൻ കൊട്ടിങ്ങോട്ട് പറഞ്ഞു അവൻ പറഞ്ഞോ അവന്റെ അക്കീരുന്നേനല്ലോ അവനെ പറ്റുന്നില്ല എന്ന് പറയുന്നു അതുകാലീ ഒരാളെ പ്രസംഗിക്കുന്ന ആ സദത്തിൽ ഇന്നതിനാണ് ഒരാളെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്നു പറ്റുണ്ടായ തക്കതായ മറുപടിയും കിട്ടി ഇക്കോട്ട് ചന്തയാൻ വേണ്ടെന്ന് പറഞ്ഞു പോയിക്കോ വലിക്കുഹാൻ ഹി ലഹു അഹമ്മദ് ബിൻ അഹമ്മൽ തങ്ങള് ആരിക്കും ബന്ധുവായിരുന്നു മാം ഷാഫി തങ്ങൾക്ക് വേണ്ടി ദ്വാരക്കൊന്നും അറിഞ്ഞല്ലോ ആ ദ്വാനിന്റെ കടുപ്പം കണ്ടിട്ട് കാലനഹു ഇബിനഹു മകൻ ചോദിക്കുന്ന ഉപ്പ ആരാണ് നിങ്ങൾ ദ്വാരക്കാണ് ഷാഫി മാം ആരാണ്പ്പ എന്താ അയ്യൂർ അജനും കാല ഛാഫിയും ഷാഫി മാം ആരായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഉറപ്പാദ ു പുല്ലഹാദത്വ ഇത്ര മാത്രം അവർക്കുവേണ്ടി ദ്വാരക്കാൻ ഓരോ സ്വകാല അഹമ്മദ് റബിയല്ലാഹു എന്ന മകനോട് പറയുക മോനേന്ന് വിളിച്ച് ആര് അഹമ്മദ് പിന്നെ അഹമ്മദ് പിന്നെ ഹരതങ്ങൾ ഇത് കേട്ടാ തന്നെ ചെവി ശുദ്ധ ബുദ്ധിശുദ്ധ്യം ബുദ്ധിശുദ്ധിയോ ഷാഫിമാർന്നുമായിരുന്നു കസ്റ്റംസി ചേർത്താൽ മൂപ്പർ സൂര്യനായിരുന്നുവനെ ജനങ്ങളെ തടിയിലേക്ക് ചേർത്ത ആഹിയത്തിന്റെ സ്ഥാനത്താന്നാല് ആഭ്യത്തിന് ഇതിനൊന്നും ഉണ്ടാക്കി കഴിയില്ല നിങ്ങളൊന്ന് നോക്ക് ഈ രണ്ട് നേതാക്കന്മാർക്ക് ശേഷക്കാരായ ഒരു പിൻഗാമി ഉണ്ടോ എന്ന് ചേട്ടൻ હમ વકાના અહમદ રઝીયાલ્લાહુ અનહુ યકૂલ મા મક્કા અહદું બિયદી મિહબરાતં આરેંગિલ ઓરાલવન્ડે ಕೈગોંડે મસુકુ પી ટોટિટંડંગેલી ઇલ્મ મદામન્ડે મટુકુ પીરકુલીલા વલીશા ફી રહમહુલ્લાહ ફીલ કીમીનતં મિન્નતં સાદી ઇмам રઝીયાલ્લાહુ અનહુ નોડુ അവന്റെ പെരടിയിൽ വലിയൊരു കടപ്പാടില്ലാതെ അവൻ്റെ എഴുതാൻ കഴിയൂലാണ്ടാണ് ഷാഫിമാം റവിയല്ല അവനോട് ഇവ കടമപ്പെട്ടിട്ടല്ലാണ്ട് എഴുതാൻ കഴിയൂല ഇന്നാലോചിച്ചിട്ട് ഫിറ്റിന്റെ കിത്താവാണ് കിത്താബിന് സ്വർഹം ആകെ അടുത്തൊക്കെ എടുത്തേക്ക് വെക്കുക ഷാഫിമാവന്റെ അത്തിനെ കിട്ടാവിൽക്ക് ഉണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറയുന്നു خديجه بن الوليد يرعون له يحيى بن سعيد القطان يحيى بن معين يحيى بن شرف امامنا رضي الله عنه مات الذي تو طلاته منذ 40 سنه 40 ولاترك رتنذكار منا ذكرت الا الا ما عند اذو في هذه الشافي اي شافي تبارك الله ونع <تصفيق> ാതെ ഒരു നിസ്കാളം ആണല്ലോ ബഹുമാനപ്പെട്ടവരെ തോർന്നുകൊണ്ടതുകിയതും മാത്രമല്ല ഇൽമലി സദാത് കണ്ടെത്തിയല്ലോ നേരായ മാർഗത്തിൽ കൂടുതൽ വളവും ഹൊറോയിലോ ഒരു വളവും ദ്വീപിലാതെ കണ്ട് അതിൽ പോകാൻ സാധിച്ചല്ലോ അവസ്ഥയിൽ നിന്ന് ഇത് പറഞ്ഞ മതിയാക്കി മാറാണെ തുടങ്ങാം അനിൽ ഹസ്ർ അതൊന്നും പറഞ്ഞാൽ അപ്പറാവുള്ളത് വാക്കുദിൻ മനാക്കിം ഈ പറയപ്പെട്ട കാര്യം ഞാൻ അധികം നക്കൽ ചെയ്തതെന്നറിയോ നക്കൽ കിതാബില്ല എന്ന കിതാബിൽ എത്ര ചെയ്താണെന്ന് ഞാനീ പറഞ്ഞത് അതായത് ഞാൻ കയറുന്നു കിട്ടിയെന്നുവെച്ചാല് കണ്ടുവരാണ് ചെയ്തു കാണാൻ സാധാരണ ഞാൻ ലക്ഷം വെച്ച് പോയത് തന്നെ ഒന്ന് അതാ കവർ ഒന്ന് പ്രത്യേകിച്ച് കാണുമ്പോൾ തന്നെ എന്റെ മറ്റുള്ള ആളാ മേടിക്കുന്നല്ല മതി നിങ്ങളുടെ കവറൊന്ന് ഒന്നും ഉണ്ടാക്കില്ല സാധാരണ മൈതാനിക്കാട്ടിലുണ്ടാവും രണ്ട് കുട്ടക്കാരിലുണ്ടോ തെളിക്കുമ്പോൾ ഓർമ്മപ്പെടുന്നില്ല ഇവിടെ വലിയ ഗ്രാനേറ്റി വെച്ചോണ്ട് വൈകി തന്നെന്താ പ്രകാരം വെച്ചാൽ എന്താ ഉപകാരം പറഞ്ഞിട്ടെ താങ്കൾ ഗ്രാനേറ്റി വെക്കാത്ത പോളിസ് ഇന്ന പൊന്നാടി മൗതങ്ങൾക്ക് എന്താവശ്യം പറഞ്ഞിട്ടുണ്ട് ചാവക്കാട്ട മഞ്ചായന്മാർക്ക് എന്താ വെച്ചെന്ന് പറഞ്ഞാൽ ബെറു ചെസ് കാലത്ത് പൂതപ്പെട്ട ചെത്തുകൾ നിന്നോട് കൊടുത്തിട്ടുണ്ടാവും എന്നോടൊപ്പം മീനന്റെ നോക്കിട്ടായിക്കാമെന്ന് തീരുമാനിച്ചു ീ പറയപ്പെട്ട അഞ്ചു കാര്യങ്ങളെ കൊണ്ട് വസ്ത്രസിദ്ധിച്ചവരായിരുന്നു അവരും കാരണം ബഹുമാനപ്പെട്ടവരോട് ഇത് ചോദിച്ചു തലബുൽമിനെ കുറിച്ച് നിങ്ങളെന്ത് പറയുന്നു തേടാൻ പോക്കുന്നുണ്ട് പഠിക്കാൻ പോക്കുന്നുണ്ടല്ലേ സകാലം പറവർന്ന ഹസനും ജമീലും കാര്യ നല്ല മണിയാണ് വലാ കിനുർ ഇതല്ല ഹീനായി ഹീന അല്ല നിങ്ങൾക്ക നിന്ന് വന്നിട്ടും കുറവാണ് പത്ത് എന്തെങ്കിലും ഇങ്ങനെ ബൈച്ചുട്ടുമ്പോ ഹീനീന്നിരിക്കാന്നല്ല അർത്ഥം അസിലെ മുപ്പത് ആഴ്ച വെച്ചാൽ മേറബോ പിന്നെയാണ് നിറവല്ലേ അപ്പൊ ആ ഇറാബിൽ നിന്ന് വിടാൻ ബിരാമിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്താണ്ടായിരുന്നു ആ എന്നിട്ട് അതായത് മബിനിയുടെ വെറുപ്പായും അറിയാം എന്ന് പറയുമ്പോ എന്താ തിരിച്ച സംഗതി അപ്പൊത്ബിഹു എന്നുള്ളത് മേറബിന്റെ വെറുപ്പച്ചി പോകുന്ന അപ്പൊ ഈ അച്ഛനും മേറബുവായും ചെയ്ത് മേറബിന്റെ വെറുപ്പുവായി മിന്നീനീക്കണം തിരിഞ്ഞു അന്യദേഹം അങ്ങനെ അങ്ങനെയുള്ള പഠിച്ചു മിൻ ഹീന് ബിഹു നീ നേരം പഠിത്തത് മുതൽ വൈകുന്നേരമാകുന്നത് വരെ നിനക്ക് ലാദ്യമായ കാര്യം എന്താണെന്ന് ആദ്യം ആലോചിച്ചിട്ട് പലതും അതിനെ ആദ്യമായി തൊഴിലാണ് ഇരുമെ എന്ത് തവണ ഏതാ തരേണ്ടതും തീരുമാനം ഒരു ഐഡിയ ഇല്ലാണ്ട് തേടാൻ പറ്റൊന്നും കഴിയില്ല മുതൽ വൈകുന്നേരം വരെ നിനക്ക് ലാദ്യമായ കാര്യം എന്താണെന്ന് ആലോചിക്കുക എന്നിട്ട് അതിനുള്ള ആദ്യമാക്കിക്കൊണ്ട് ചോദിക്കുന്നു വക്കാനറ അപ്പൊ എന്തിനെ തേടുന്നു എന്നുള്ളത് ഞാൻ തീരുമാനമെടുത്തിട്ട് പോകണം ഏത് ഇരുമിനാണ് തേടുന്നതിൽ ആദ്യമായി ഇരുമി തന്നെയാണോ അതിലുള്ള ആദ്യമാണോ ഏറെ പരിവർത്തിക്കുവേണ്ടിയിട്ടാണോ എന്നല്ലൊന്നാലോചിക്കണമല്ലോ അതിന്റെ പണി കണ്ടത് തലസിനും ഒട്ടത് കണ്ടതല്ലേ അൽമിനെ ആദരിക്കുന്ന വിഷയത്തിൽ വളരെയധികം മുബാലഫായിരുന്നു യു ഹിറ്റ ഹീറ്റ പറയാർ ഉദ്ദേശിച്ചതെന്താ ചെയ്യുന്നറിയോ തവന്നുണ്ടാക്കും എന്നിട്ടോ വിരിപ്പിന്റെ ആ സബറി നടുവിലടക്കിരിക്കും താടി വാർന്നൊപ്പിക്കും സുഗന്ധം ഉപയോഗിക്കും ആ എണ്ണ യുദ്ധത്തിൽ നല്ല ഉറച്ചിരിക്കുന്നത് സല്ലൊണ്ടല്ലോ എണീച്ചലോ വായലോ പൊക്കിക്കടയിലോ ഒന്നും ഉണ്ടാവില്ല നല്ല താമസിയായിട്ട് അടങ്ങിറങ്ങിയിരിക്കലെന്നാണ് നല്ല ഒക്കാറും ഹൈബത്തോടുകൂടി ഇരുന്നിട്ട് സുമ്മ ഹിന്നെയാണ് ഹരിപ്പൊന്നത് ഇപ്പോഴും രൂപി വെച്ചിട്ട് പോയിരിക്കും ഓർ അങ്ങനെ ഇപ്പൊ ഹരിച്ചൊണ്ടിരിക്കണമെങ്കിലും കർമ്മക്കാരും കെട്ടിവെച്ച് കിട്ടാവും നിർത്തിവെച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യലിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തങ്ങളുടെ ഹദീസിനെ ബഹുമാനിക്കലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് പറയുന്ന ഇവിടെ തന്നെ വായിക്കോ എനിക്കറിയുമ്പം ഒരു നൂറാണ് അള്ളാഹുത്താല വേണ്ടുക വച്ച ഹൃദയങ്ങളിൽ അള്ളാഹുത്താല ആ നൂറിന് ഇട്ടുകൊടുക്കല ഇങ്ങനെ കുറെ ഓടിച്ചാടിയോണ്ടും ഏ യാത്ര ചെയ്തുകൊണ്ടൊന്നും കിട്ടിക്കൊണ്ടെന്നില്ല വലൈസിക്കറേ എവായത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടൊന്നും ആ നൂറ് കിട്ടിക്കൊണ്ടെന്നില്ല എന്ന് ആദരിക്കലില്ലേ ആ പിതാബിനോട് ആദരവ് ആ ഹദീസിനോടുള്ള ആദരവ് അതെന്തിനെ അറിയിക്കുന്നത് അള്ളാഹുബിന്റെ ജലാൽ കൊണ്ട് ബഹുമാനപ്പെട്ടവർ എത്ര മാത്രം ആരിപ്പത്തോടെയവർ ആയിരുന്നു എന്നാണ് അത് അറിയിച്ചത് ഇൽമുകൊണ്ട് അള്ളാഹുന്റെ വധുനെയാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളതിലെന്താ തെളിവ് പയരു പ്രമാനപ്പെട്ടവരെ പൗലറിയിക്കും ദീനിലുള്ള തർക്കം എന്നുള്ളത് ഒരു ശൈവുമല്ല ദീനിലൊരു സ്ഥാനവും ഇല്ല ഇന്നത് ഹക്കാണെന്ന് കണ്ടെത്താൻ ഹക്ക് പറയാൻ ഉപയോഗം ഇനി ബാറാൻ തർക്കിക്കന്ന് യാതൊരു നോക്കൂ ശ്രമിയില്ല വയതുൽവാറിയൻ മാലിക്റമിയാൽ ഞാൻ ഷാഹിദായിരുന്നു ഷാഫി റബിയല്ലാതെ നടന്നിട്ടല്ലേ പോയത് മാലിക്ക് മക്കീനത്തെത്തിന്റെ മദീനിലേക്ക് ഇപ്പുറ പതിനൊന്നാം വയസ്സിൽ വേണാ കട ചെറിയ പ്രായത്തിൽ മദീനിലേക്ക് നടന്നിട്ടാ പോയി മത്സ്യമെന്നൊക്കെ റോഡാണ് അഞ്ഞൂറ് കിലോമീറ്റർ ഇന്നത്തെ റോഡാണ് മതി ഇന്നത്തെ റോഡ് വന്നിട്ട് അവിടെ പോകാൻ പോയതാന്ന് നടന്നിട്ടു ബാബമ്പിലേക്കല്ല കിലോമീറ്റർ നടക്കണം പോയിഞ്ഞായിരിക്കും തണൽ മരം വന്ന നിൽക്കാലത്ത പോലും ഈ തണലിൽ ഇന്നത്തമായ റോഡനല്ല ഇന്നത്തെ റോഡിലല്ലത് സുഹിരാൻ സമായും വാറൈന അല നാൽപ്പത്തെട്ട് മസനെക്കുറിച്ച് ആരോട് ചോദിക്കപ്പെട്ട് മാലിക് മാമനോട് ആരോ ചോദിച്ചതും സകാല ശിഥില തൈനവസലാധീന മുപ്പത്തി രണ്ടെണ്ണത്തിൽ മുപ്പവൻ എന്നറിഞ്ഞില്ല അതിനെ എനിക്കറിഞ്ഞൂടാമില്ല അതിരീല അതിരീന അദ്ദേഹം അറിഞ്ഞിരിക്കാം കൃത്യമായി പറഞ്ഞുകൊടുക്കാൻ പാക്കേജ് ഇല്ലാത്തത് കൊണ്ടോ പറഞ്ഞു അതിലാതിരി അപ്പൊ ഉസ്തന്മാർ പറഞ്ഞേക്കാം ഞാനോ ചോദിച്ചുപോലും ഇതൊന്നും അറിയാത്ത നിങ്ങളെ പിടിച്ചിട്ട മദീനത്തെ ഇമാക്കിരുന്നു ആ നിങ്ങളായ മല്ലവെള്ള കയറി ചെന്നെ വിളിച്ചു പറഞ്ഞ മാളിക്കനൊന്നും അറിഞ്ഞുകൂടാ അയാളുടെ പൊട്ടനാണെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു എനിക്കത് കേൾക്കലാന്ന് എനിക്ക് സന്തോഷം ഞാൻ അറിയാത്ത അറിയുന്ന ആളായിരുന്നു അടിക്കൽ എനിക്ക് തൃപ്തിയല്ല ഇവിടെ കണ്ടു എൽമു കൊണ്ട് അന്നാന്റെ അല്ലാത്തതിനെ ഉദ്ദേശിച്ചെങ്കിൽ അർജുടാ എന്ന് സ്വയം സമ്മതിക്കാൻ ആരെങ്കിലും മനസ്സ് സമ്മതിക്കോ എനിക്ക് അർജുടാ എന്ന് പറയാൻ ആരെങ്കിലും മനസ്സ് സമ്മതിക്കോ അറിഞ്ഞില്ലെങ്കിൽ പറഞ്ഞൊപ്പിച്ചിട്ട് അതിനെ എണ്ണോണ്ട് അടിച്ചിലെങ്കിലും ഒപ്പിക്കാനല്ലാണ്ട് والذي قال <سؤال> الشافعي <سؤال> رضي الله <سؤال> عنه اذا ذكر العلماء علماءനെ പറ്റി ഷാഫി ഇമാം പറഞ്ഞാൽ ഫമാലികുൻ അൻ നജമുസ്സാകിമൂ മാലിക് ഇമാം ഇളങ്ങുന്ന വെഷ്ട്രമാണെന്നാണ് ആരും അറിയലേ ഷാഫി ഇമാം മാലിക് ഇമാമിനെ പറ്റി പറഞ്ഞു വമാ അഹദുന്ന മന്ന അലൈഹി മിമാലികിൻ മാലിക് ഇമാമിനെക്കാൾ എനിക്ക് ഏറ്റവും നിന്ദതടിയോടേ പടകളായി ആരും ഉണ്ടായിരുന്നില്ല ഷാഫി ഇമാമിനെ കണ്ടപ്പോൾ തന്നെ ഓപ്പറ ആ മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് അവിടെ ശ്രദ്ധിച്ച് പഠിച്ചിരുന്നല്ല കണ്ടവർ തന്നെ പറഞ്ഞല്ല നിന്റെ മുഖത്ത് നൂറാണീത്തിന് ഞാൻ കാണുന്നുണ്ടാ അത് ഒരു കാരണത്താണ് നീ കളഞ്ഞു വിട്ടതല്ലേ എന്നോട് ഒക്കെ തുടങ്ങി അത് കറക്റ്റ് പോകുന്ന ഒപ്പം തന്നെയല്ല അതിന്റെ യാത്ര ചെയ്തെല്ലാം പതി പിന്നെ രംഗലത്ത് സ്റ്റാഫിന്ന് വന്നീ കിതാബ് തന്നെയുണ്ട് വറബിയാന അബൂ അഹ്മദ് അൽ മൻസൂർ അംഖബറനാദി വന അബൂ അഹ്മദ് അൽ മൻസൂർ മാനഹഹു മിൻ ദിവായത്തിൽ ഹദീസി തലാഖിൽ മുഖറഹി മുഖറഹിൻ തലാഖിൻ വിഷയത്തിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ രാജാവിനെ <td>തടതം മുഖറഹ് എന്താക്ക ബോധണ്ട അപ്പോ അത് പോകുന്നണ്ട കൊണ്ടു വറ്റാൻ മണിയായിക്കണം ഈ മൻസൂനെ നമ്മൾ തൽപിച്ചിണ്ടായിരിക്കും മുഖറഹിൻ തലാഖിൻ വിഷയത്തിലുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ മാണിക്കിമാവ് പാടില്ല എന്നുള്ള തർക്കം എന്നാ പിന്നെ ഓർഡേ പറഞ്ഞു മഹാരാജാവല്ലേ അന്നൂടെ കൂട്ടാക്കെന്ന് പറയുന്ന രാജാവല്ല അപ്പത്താണ് വന്നതെക്കല്ല എന്റെ കുമ്മദത്ത അര ഈ മഞ്ഞ ഒരു സദസ്സിൽ നിന്ന് അതിനെപ്പറ്റി ചോദിക്കാൻ പറ്റും അവർ പറയോ ഇല്ലെന്നറിയണ്ടേ ചോദിക്കാൻ പേട്ട സദസ്സിൽ നോക്ക് കെട്ടിയിരുന്നു അര ഈ മൻസൂറെ ഫറവാല മല ഇമ്മിനാർ പക്ഷേ മാലിക്കിമാവന്റെ കൂട്ടാക്കിയാണ് ജനങ്ങളെ താണ്ടിരത്തിൽ വെച്ച് തന്നെ മൂപ്പർ തുറന്നം കിട്ട് പറഞ്ഞ് രീതി നിർബന്ധിക്കപ്പെട്ടവന്റെ മേൽ തലാഖില്ല എന്നുള്ള ഹരീസ് അങ്ങനെ ഇപ്പോൾ ചെയ്തു മുത്തക്കുറഹിൻ തലാഖ് പോകില്ല എന്നുള്ളത് അപ്പൊ സൂർ പറഞ്ഞ പോലെയായില്ല പൊലറബം ചെയ്യാത്ത ചാട്ടവാറുകൊണ്ട് അടിയാത്തിയത് മനസ്സിന് പറഞ്ഞു എന്നിരുന്നാലും വലിത്ത രീായത്തൻ ഹരീത് മൂപ്പർ വിഭജിക്കണമില്ല അത് സെക്രട്ടറി പറഞ്ഞത് പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് മന്ത്രിയുടെ കൂട്ടാക്കാൻ ഇവിടെ ഒന്നും നോക്കിയില്ല ഇവിടെ അബോജം സുഹാ പറഞ്ഞത് അരീതി പോട്ട് ചെയ്യേണ്ട ചെയ്യാൻ കഴിയുന്നു ഇല്ല മുക്തി അക്തി പലൻ യഹുമാൻ എന്നാണ് ഹൗഫുളുള്ളത് ഉണ്ടാവുക നിനുണ്ടാവുക എന്റെ ഹറക്ക് പറയാ റാഗാണെങ്കിൽ കാഫ് കൊടുമെന്ന് എനിക്ക് തോന്നുന്നു നീ കാട്ട് കുളിക്കാനൊരു സ്വന്തേ ഒന്ന് നോക്കാനാകുന്ന എന്താ മാണിക്യമാണ് റവിയുള്ള എന്ന് പറഞ്ഞ് മാറ്റാൻ സാധിച്ചി വരായ കൃതി പോവും ഒരു മനുഷ്യൻ സംസാരത്തിൽ കളവ് പറഞ്ഞൂല എപ്പോഴും സാധിക്കായിട്ട് ജീവിക്കുകയുള്ളൂ എന്ന് ഒരാൾ തീരുമാനിച്ചു നോക്കാം എന്നാൽ അവന്റെ അക്കഴി കൊണ്ട് അന്താകുത്താൻ എന്താ ജീവിതം കാണാൻ മുഴുവനും അവന്റെ അക്കൽ നല്ല ഉപയോഗിക്കുന്നു അക്കലിനൊരീ മർത്തലുമില്ലാതെ മുത്തിയഹി അക്കും മുത്തോ ആ തത്യം മാത്രമേ പറയുള്ള തീരുമാനത്തിന് നടന്നുകൊടുക്കുന്ന ഒരു വർക്കത്താണ് ജീവിതത്തിന് വലം യുസ് അൽഹറമി വാർദ്ധക്യം കുറെ കൂടി വച്ചേറി എന്നാലും അവനെ ബാധിക്കൂരാൻ വരാഹക്കുൻ ഒരാപത്തും ഉണ്ടാവില്ല അവൻ ബുദ്ധി സുന്ദതി അത്തുംബത്തൊന്നും ബാധിക്കൂല എന്നാണ് നല്ല കടി വായിക്കും ഇല്ലേ അത്തുമ്പത്താകരുത് ഇപ്പം പിന്നെയാണ് സംസാരത്തിലൊരിക്കലും കടവറിയില്ലാൻ തീരുമാനിച്ചു എന്നാൽ ആക്ച്ന് നല്ല ഊർമളന്നു പറയും ഭാഷായ കാലത്ത് ആപത്തോ ഓരോരുടെ ബുദ്ധി തുല്യതയോ ഒന്നും ബാധിക്കാതെ നല്ലാഹത്താൽ അവനെ കാക്കൂ ദുഹദോ ദുന്യാവിലുള്ള ദുഹുദിനെ കുറിച്ച് പറയാ അന്നൽ മഹദീയൽ മഹദീണ്ടല്ലോ സാലഹു നൂപ്പറോട് ചോദിച്ച് ഈ എന്താ ചോദ്യം മാടിക്കു മാങ്ങി പൊര ഉണ്ടോക്ക് പൊരയില്ലല്ല അപ്പൊ നീക്കി പൊര എടുത്തേരണ്ടേ അല്ല പറഞ്ഞ് പ്രസിഡന്റ് ആവണി ചോദിക്കുന്നു എനിക്ക് പൊരയൊന്നും ഇല്ല എന്ന് പറഞ്ഞു വലാറ്റിൻ്റെ അപ്പൊ തന്നെ മൂപ്പർ അങ്ങോട്ട് ഹബീസ് പറഞ്ഞു കൊടുക്കുന്നത് ചെമിയ അബ്ദുറഹ്മാൻ ഒക്കെ ഞാൻ കേട്ടിട്ട് എപ്പോലും ഒരു മനുഷ്യനുള്ള നസബാണ് അവന്റെ ദാറു എന്നാ പറഞ്ഞത് വേറെ പൊരുന്നും വേണ്ട മദീനെ സഹായഹസ്തങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായില്ല റസീദണ്ടല്ല ഹല്ലക്ക താറു നിങ്ങൾക്ക് പോരുണ്ടോ എന്ന് ചോദിച്ചു പക്കാല ലാന്ന് പറഞ്ഞു ഫാട്ടാഹു തലാഖ താലാബി ദീനാർ മൂവായിരം ദീനാറ കൊടുത്തു ഒരടക്കം വേണ്ടി സഹായം വക്കാള ഇത്തരം ബിഹാദാറാൻ നിങ്ങൾ പോര അതിനെ കൊണ്ട് മാനിക്കുമോ എന്ന് അതുകൊണ്ട് മാനിക്കുമ്പോ മുന്നോട് വാങ്ങിയേ ഫലം ഞങ്ങൾ എവിടെയും ചെലവാക്കാതെ അവിടെ സൂക്ഷിച്ച വെച്ച് എന്തിനാണ് പിന്നെ എവിടെ എന്തോ ഈ പൈസ കൊടുത്തപ്പോഴെങ്കിൽ സ്വാധീനിക്കും ഇല്ല അങ്ങനെ വാങ്ങി വെച്ചിട്ട് റസീദ് റഷീദ് എന്താക്കണം നാട് വിട്ടിട്ട് എവിടെയാണ് പുറത്തു പോകണം പുറത്തു പോകുമ്പോൾ നാട്ടിലെ പണ്ഡിതന്മാരൊക്കെ ഒക്കെ നടക്കണമെന്നാണ് വേറെ തീരുമാനം അക്കൂട്ടാരെങ്കിലും പിടിക്കും മാലിക്കമ്പ നിങ്ങളെ പൈസ ഇതാ കൊണ്ടപ്പോ നിങ്ങളുടെ അടിമയെന്ന് തന്നെയാണ് തകരിപ്പുറത്തെടുത്താൽ ബന്ധല്ലോ അറിയത്തില്ല കൊണ്ടു എങ്ങനെ വ്യക്തി മൂപ്പറും സംസാരിച്ച മൂപ്പറും സ്വാധീനിക്കുന്നുണ്ടപ്പോ ആ സാധനം എടുത്തിട്ട് പോയി പൊളിഞ്ഞു ആ ബസ് സാധനം എടുത്തിട്ട് പോയി കൊരിങ്ങാട്ടോ സാധനം ഞാൻ എന്താ എന്റെ സ്വന്തം എന്നോട് കടക്കാൻ പോയില്ല കുരിങ്ങാട്ട മന്തി ആ അതുകൊണ്ടന്നെ അവര്ന്ന് പറഞ്ഞത് മാലിക്മാവിനുണ്ടെന്താ പറഞ്ഞോ നമ്മുടെ കൂടെ നിങ്ങളും വരുന്നോ മധുവിൽ നിന്ന് നടുവിട്ടിട്ട് ആചാവുന്ന തിരക്കൊക്കെ പോകണം പരിവാരങ്ങളോടുകൂടി ഇന്ന് ഇന്നാളെല്ലാം കുട്ടിക്കാൻ വന്നു തരണ്ടേ മാത്രമല്ല പോകുന്നു നിൽക്കുന്ന ഞാനെന്താക്കാൻ നിങ്ങളെ മുഖത്ത എല്ലാവരും ഓതണമെന്ന് ഞാൻ പ്രചരണം എത്തിക്കളേ എന്ന് എന്നാ നല്ല പ്രചരണം കിട്ടിയില്ലേ ഫൈന്യാദിം മുഹത്ത എല്ലാവരും മാലിക്യമാവിന്റെ കിട്ടാവണം അല്ലെ മുഖത്ത മാലിക് ില്ല ഇതുപോലെ റബി അള്ളാറിനോ എല്ലാവരും ഖുർഹാന പിടിക്കണം എന്ന് പറഞ്ഞു പ്രേരിപ്പിച്ചില്ലേ എന്നതുപോലെ മാലിക്കിമാവിന്റെ മൂവത്താം ഹദീസ് ആണല്ലോ ആ മുഖത്തെല്ലാവരും നോക്കണമെന്ന് രാജാവിന്റെ ഒക്കെ പ്രചരിപ്പിക്കാമെന്നും പറഞ്ഞു സകാല ലഘു മൂപ്പർ പറഞ്ഞിട്ടുണ്ടല്ലോ ഏ ഇപ്പൊ നിങ്ങൾക്ക് രണ്ടു കാര്യമല്ലേ ഒന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾക്കൊക്കെ വരണോന്ന് രണ്ടാം മതം നിങ്ങളെന്റെ ഹദീസ് കീറ്റാബ്കാൻ അങ്ങനെ ജനങ്ങളൊരു പ്രത്യേക ക്റ്റാവ് ഓടാൻ വേണ്ടി പ്രേരണമൊന്നും ആവശ്യമില്ല പോഹാൻ പോലെയല്ലല്ലോ മറ്റുള്ളവരുണ്ടാക്കി സാധനിക്കുന്നത് മുഹാം പിന്നെ അന്നെ കലാവുന്നവരൊക്കെ ആർക്കും പ്രചരിപ്പിക്കാം അതിന് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ ഉണ്ടാക്കി ഗീത്താവിന്റെ ഓടണമെന്ന് രാജാവിന്റെ വകുപ്പ് പ്രചരിപ്പിക്കുന്നുണ്ട് അത്തരം ഇഷ്ടമുള്ളതാണ് വേറെ ഇത്തോ പോയിക്കോട്ടെ അടുത്ത പ്രചരണം ആ പാർട്ടി ചേരണമൊന്നുമില്ലാന്ന് പറഞ്ഞു മുപ്പറ് പറഞ്ഞു രണ്ടുകാര് എന്നോട് പറഞ്ഞത് അത് രണ്ടും ഞാൻ നടപ്പിലാക്കുകയാണ് ഒന്നെന്താ അമ്മ നന്ദു ആസേരൻ മുഖത്ത ഓടാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പ്രേരിപ്പിച്ചാ നിങ്ങൾ പറഞ്ഞത് ഫലഇ ഇദേഹി സബീരൻ അങ്ങനെ ഒരു മാർഗില്ല അവർ നാട്ടിന്റെ നാനാ ഭാഗങ്ങളിൽ ചെന്നെത്തിയിട്ട് അതീത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്റെ കിട്ടാ പോയാലേ അതീത്ത് കിട്ടുകയെന്ന് നോക്കണ്ട അസാവിമാറന്തായി ലോകത്തെ നാനാ ഭാഗത്തും എത്തിയിട്ട് അതീപണ്ട് അതുകൊണ്ട് ഓരോ നാട്ടുകാരെ കഴിഞ്ിലും അവർ അവർക്കുള്ള അവിടെ ഉണ്ട് അപ്പൊ അതെല്ലാം ജീവിച്ചാൽ മതി എന്റെ കിട്ടിനൊന്നും അങ്ങ് നിർബന്ധിക്കേണ്ടിയില്ലാമീം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏ വാമൽ നിങ്ങളെ ഒന്നിച്ചിറങ്ങണമെന്നല്ലേ പറയുന്നത് പല തബേലയിലെ ഒറ്റപ്പൊടി താദ്യമല്ലാഹിളം ഹജിനല്ലാതെ കണ്ട് എവിടെയും പറ്റിച്ചോളു എന്താ കിട്ടിയാലും അജ്ജിന് പിന്നെ ആ വാജിഭാതുകൊണ്ട് പോയിന്നാണ് ഇന്ന് രണ്ടാമത്തെ അഡ്ജി ചെയ്യണമെങ്കിൽ മതിയെ തന്നെ തിരിച്ച് വന്നിട്ട് മരിക്കൂന്ന് എനിക്ക് ഉറപ്പിട്ടെങ്കിൽ ഞാൻ പോകുന്നുള്ളൂ ആ തർക്കും പാത്തുനിന്ന് എത്ര മണ്ണുണ്ടില്ലേ മാലിക്കുമല്ല തറക്കും പാത്തുനിന്ന് നമ്മളെ കാണിക്കാൻ വന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടില്ല സഭയ്ക്ക് ഞാൻ പറഞ്ഞത് അഞ്ച് കാര്യം കൈമിൽ പെട്ടതാണ് അത് കൊണ്ടു കൊടുക്കാൻ പിന്നെ ഞാൻ മൗത്താവുന്ന എഴുപ്പിന് കൂടെ അതിനൊട്ട് എവിടെയുമില്ല അത് അതായത് പറഞ്ഞു ഒന്നാണ്ടും പുറത്തു വരില്ല പള്ളിയിൽ പുറത്ത് പോട്ടെ പോകാൻ ഇല്ലാ പോയി ആരും രണ്ടാഴ്ച ആണ് അപ്പൊ എല്ലാം പുറത്തു പോകാൻ വേണ്ടി മൂത്രിക്കാൻ വേണ്ടി പുറത്തുപോയി കൊടുന്ന് തരുമോ എനിക്ക് മൊബൈലിൽ വിളിക്കലും ഫോട്ടോ എടുക്കരുവെന്ന് ഉം ചന്തക്ക് മുന്നാലും എടുക്കുന്ന എടുക്കാൻ വഴിക്കാൽപ്പിക്കാനാണ് അതെന്തോ അത് അയോടൊക്കെ ചോദിച്ചു വരും അതിനു അങ്ങനെ മക്കത്ത് വെച്ചാലും മതിന്റെ പൊലാലും ഇഷ്ടപ്പെട്ടു പറയും തിരിച്ചു വന്നിട്ട് തന്നെ ഒരിക്കലേ വരുന്നുള്ളൂ മദീന എന്താകുന്നോ മനുഷ്യന്റെ നെസ്സിന്റെ എല്ലാ സബസും കഴുകിക്കളയുന്നുണ്ട് കത്തിച്ചോളു ഇതുപോലെ വരകിലിട്ട ഇരുമ്പ് തീക്കത്തെട്ട് കഴിഞ്ഞാണിങ്ങനെ അല്ല ശുദ്ധിയാകുന്നില്ലേ എന്നതുപോലെ മദീനെന്നൊരു വൃത്തിയാകാൻ ആളെ പിടിച്ചെന്ന് കുരു െത്തിക്കലുണ്ടാവും അല്ലെ മഹാദിഹി അതുകൊണ്ട് രാജാവേ വഹാദിഹി ധനാനിറക്കും നിങ്ങൾ മൂവായിരം തന്നിട്ടുണ്ടല്ലോ അത് ഇതാ കുറിച്ചോക്കമായി ഞാനൊന്നും എടുത്തിട്ടില്ല ഈ ചേർത്തും ഇപ്പൊഹ നിങ്ങൾ പണിക്കൊണ്ടുപോയി ചോദിക്കുന്നു ഈ മൂവായിരം തന്ന വകയിലല്ലേ എന്നെ സ്വാധീനിക്കാൻ വന്നത് ഞാൻ എന്നെടുത്തു വൈ ചേർത്തും വേണ്ടേ വേണ്ടെങ്കിൽ അടിയുന്നു ഞാനി അതിന്റെ അർത്ഥം താന്നെ തുക്കൽ ലിപുനി മദീനയിൽ നിന്ന് ഞാൻ പിരിഞ്ഞു പോകണമെന്ന് നിങ്ങൾ എന്നോട് നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടാണ് ജിമസ്ഥാനത്തെ നിങ്ങോ ഒരു വേറെ ചെയ്ത വകീലല്ലേ അതോട് പല ഊസം തുഞ്ഞാല മദീനത്തി റസൂലില്ല ഹിന്ദും മദീനെക്കാൾ വേറൊന്നും ഞാൻ മുൻകടന കൊടുക്കൂലെന്ന് പറഞ്ഞു പണക്കാൻ്റെ വിട്ടു പണക്കാൻ നന്ദി എടുക്കുമോ ഇപ്പം സുലമാനെ ഉപയോഗിക്കില്ലാ എത്ര വലിയ പണക്കാൻ്റെ വലിയ അബ്ദുറഹ്മാൻ പണക്കാണ്ടല്ലേ പക്ഷെ പണം കൊണ്ടാതിന്റെ അക്കു കൂട്ടി ചവച്ചില്ല വീട് എടുക്കേണ്ട ചതുല്ല പള്ളി തന്നെ കൂടെ നമുക്ക് വേണ്ടി വരാം വഴി പോവില്ലല്ലോ ഒരു പള്ളിയും വീട് എത്തിക്കാകും കുട്ടികളുടെയും പോവില്ല ഇതല്ല മാനിക്കുന്നു തുഞ്ഞാവിനുള്ള ദുഹു ആയിരുന്നില്ല தடபரின்ன வலம் மாஹமத இலைஹின் நவாருல் கதீரத்து மின் அதிராபில் દુன்யா દુன்யாவின்ல நானா பாகங்களிலின்னும் தாடாளம் முதஜகல முகரிலேக்கு வகிக்கொண்டவரேபட்டுறினோ அதான் ஞம்பனிரின் பரம் லிந்தஷாரி இல்மிஹி வா ஸஹாபிஹி அவர இல்மும் அவர ஸஹாபிமாரு லோகத்தின் நானா பாகத்து பரந்து கிடкая அக்காரணதால அங்கன வந்தபொளக்கான யுஹத்திபு ஹாஃபி வுஜூஹில் கைர் ഖൈറായ വാദങ്ങളിൽ അത് മുഴുവൻ ഒരു ചിലവാക്കി തെറ്റിലായാണ് ഉദ്വിധുന്നത് మొదൽ ന സഹഹു വലാ സുഹുഹി ആ ഔദാദിയം എന്ന് നമ്മൾ അറീകുന്നു സുഹുദിനെ മെതി അറീകുന്നു വകില സുഹുഹി ലിദ്ദുൻയാ ദുൻയാവരോട് ഉപർദോനെ मोहब्बतഉണ്ട് ആയിട്ടില്ല എന്ന് അറീച്ചു വലൈത സുഹുദു സുഹുദ് എന്ന് പറഞ്ഞേ പക്കൽ المال <سؤال> മൊതലില്ലാണ്ടിക്കണോന്ന് അർത്ഥമില്ലല്ലോന്ന് ലാ ഫഖദുല്ലഹു എന്ന് അതില്ലേ وَمَنْ يَفْقِدُ نَلاَقَةَ قَلْبِكَ بِالْمَالِ لَا فَقْدُهُ وَإِنَّ مَذْهُدَ فَراغُ الْقَلْبِ أَنَّهُ مَا لِنَتُّട്ട് കൽബിന്റെ ഫറാഗാണ് ദുഹുദ് വലകദകാന സുലൈമാൻ അലൈഹിസ്സലാം ആയിരുന്നു فِي مُلْكِهِ مُؤَثِّرٌ وَلِيَ رَجَا വാടോട പെമ്മന സുഹാദികൾ പെട്ടവരായിരുന്നു രാജാവാണ് ഗാഹിബാണ് വഅലൈഹിസ്സലാം െ അവർ നിസ്സാരമായി കണ്ടിരുന്നു എന്നതിന്റെ തെളിവ് ഞാൻ കണ്ട് കുതിരണ്ടല്ല അതിൽപ്പെട്ട ഖുറായിനെ ഞാൻ കണ്ട് അതിനെ പറഞ്ഞാലോ ിന്ദു പറഞ്ഞോളാരി വൈക്കാലു അതിന്റെ അപ്പുറം മിസ്സർന്ന മിസ് നോക്കറിയാസന്ന കപടം കിടിപ്പിക്കല് ില്ലല്ലോ മുൻപത്തിനാണെന്ന് തോന്നുന്നു ഏതായാലും നീക്കട്ടെ ഒരാളെ കണ്ടപ്പം പറഞ്ഞു നല്ല ഭംഗിയുള്ള പൊതുജനല്ല നിങ്ങളെ അത് നീ നീ എടുത്തോളി കണ്ടപ്പം തന്നെ മറ്റൊടിക്ക് ആവശ്യപ്പെട്ടെന്നൊരു നോക്കലോ തോന്നീല്ലേ അഹ് നീ എടുത്തോന്നു ഹതിത്വംയിലേക്ക് പറഞ്ഞപ്പോ തന്നെ മതി രണ്ടാകാൻ എനിക്ക് ഹതിയിരിക്കട്ടെ യാദാകില്ല ഹതിൽത്തു അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് അറിയോ ദയ വിനസ്റ്റിക്കമില്ലാത്ത നിങ്ങൾ ഒരു വാഹനം നിങ്ങളെ ആക്കിവെക്കണം തങ്ങളെ ഇതിൽ തർക്കബുഹ ഈ തർക്കബർക്കുഹന്നല്ല നിങ്ങളതിന് വാഹനം കയറിയിട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരു വാഹനം തുടിച്ചു വെക്കണം പറഞ്ഞു അള്ളാ ലീ രജിക്കുകയാണ് തങ്ങളുടെ ഈ ഭൂമിയിൽ ഞാൻ ചവിട്ടാൻ ബിഹാ സരിതാബത്തിനൊരു മൃഗത്തിന്റെ കൊടമ്പ് ചവിട്ടിക്കാൻ ഞാൻ കാണിക്കുക എന്നാവും അങ്ങനെ കേട്ടില്ല മാനപത് ഇല്ല കണ്ണടല്ല മാലിക്കയും ഇവിടെയും മദീനെയാണ് എന്ന് പറയാൻ കാരണം മത്തിയാ മദീനെ അപ്പന്തല എന്താന്ന് ചോദിച്ചിട്ട് ഇതാണെന്നോട് തർക്കണ്ടെത്തുന്ന ആളെന്താ പണി അങ്ങനെ ഇവിടെന്താ പണി ഇവിടെ കുട്ടാങ്ങ്ങോട്ട് നടത്തല അവിടെ ബസ്സുള്ള കണ്ണെടുക്കുന്ന ഇവിടെന്താ പണിന്ന് ചോദിച്ചു ഇപ്പോഴെടുക്കണം ആരായിരിക്കും അതിന് എന്നാ ജിക്കൊണ്ട് അസഹാനന്മാരവിടെയോ ഇനി അസഹായന്മാരെവിടെയാ പോയി എവിടെ താമസിച്ചോളാം പതിനകത്ത് അന്ന വർത്ത് പോലീസുണ്ടെങ്കിൽ തങ്ങൾക്ക് ശേഷം പോലീസാവുന്നതിന് അന്നാ അസാഹനം അല്ലെങ്കിൽ എല്ലാം മക്ക തീക്കൂടും എല്ലാം മക്ക തീക്കൂടുന്നില്ല രണ്ടും മക്കത്താ പോലീസ് അതിന് വന്നു അപ്പൊ അമ്മ അസാഹം എന്നുള്ള വസ്ത്രം താങ്കൾ വസ്തുണ്ടാക്കിയും കളിച്ചു അതാണ് അതാണ് അതിമയത്തെ പള്ളി എന്നൊരു അടുത്ത വസ്തു കഴിഞ്ഞ് വക്കത്തേക്ക് ഞാൻ നേരെ വന്ന് തങ്ങി മുഴയ്ദന്നു. ഓനെ കണ്ടപ്പോൾ മുഴുന്നം സംഭവിച്ചതുകൊണ്ട് പറഞ്ഞു. فقال اني استحجي من الله ان طحت تربتم فيها نبي الله صلى الله عليه وسلم തങ്ങളുടെ ഈ ഭൂമിയിലെ വിഹാフィル ദബ്ബത്തി ഒരു മുർഗത്തിന്റെ കൊമ്പുകൊണ്ട് ചൊട്ടിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. فانظر الى تقائهه മുഴുവനും കുറെ കുതിലുണ്ടായിരുന്നല്ല എല്ലാത്തിനെയും കൊടുത്തു നിൽക്കില്ല ഒറ്റത്തിനെങ്കിലും വെച്ചെന്ന് പറഞ്ഞ പവൻ അവൻ വെക്കുന്നില്ല എന്നല്ലേ പറഞ്ഞു മദീനന്റെ ഭൂമിയെ മൂപ്പർ എത്ര മാത്രം ആദരിച്ചുള്ള മായി കണ്ടിരുന്നു എന്നും ഇൽമ കൊണ്ട് അന്താന്റെ വജുഹനെ ഉദ്ദേശിച്ചിരുന്നു എന്നതിന്റെ തെളിവ് മാസ ആറൂറ് അടുക്കൽ കടന്നു സ്വകാലനി ആറൂറ് എന്നോട് പറഞ്ഞു നിങ്ങളുടെ അടുക്കളക്ക് ഇട വരണം ആറൂത്തേക്ക് വരണം ഞമ്മളുടെ മക്കളെ പഠിപ്പിക്കാൻ ് പഠിച്ചാൽ മതി കൊണ്ടു തരൂരുന്നാണ് ഇരുമ് പാർത്തരാൾക്കൊടുത്തരാനുള്ള എല്ലാരുടെ കൂട്ടത്തിലും പാപങ്ങളായാലും ഇരുന്നിട്ടല്ല ഓരോ കൂട്ടത്തിൽ രാജാവിന്റെ മക്കം വന്നിട്ട് പഠിച്ചു അല്ലേക്ക് ഇവരും കാട്ടിട്ട് ഇന്നാമെന്നാണ് ഹത്താന മിങ്കൽ മുഹത്ത നിങ്ങളെ പൊക്കെ ഞമ്മളെ പിള്ളേർ മുത്ത കേട്ടോട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരണമെന്നാവില്ല കാല മുപ്പർ വന്നി മോലാനല്ല അമീർ നമ്മളെ അമീറിന് ഞങ്ങളുടെ ബഹുമാനം കൊടുക്കട്ട് ഇന്ന ഹാതൽ നിൽമി ഹാറജ വൈൻ അന്തും അതിൽ ഈ എൽമ് എന്നുള്ളത് നിങ്ങളിൽ നിന്ന് പുറത്തു വന്നതാകും നിങ്ങളതിനെ ബഹുമാനിച്ചു വെച്ചാൽ ആ ഇൽമിന് യുദ്ധത്തുണ്ടാകും വൈൻ നന്തും അതിലെൽത്ത മൂഹു അതല്ല നിങ്ങളതിനെ നിസ്സാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇൽമും വിലയിലായി പോകും ഇൽമിലേക്ക് അങ്ങോട്ട് പോണോ ഇൽമി ഇങ്ങോട്ട് രാജാവിന്റെ മക്കളൊന്നും ചെടുകൊടുത്തി ഇവിടെ ഒന്നും വരൂല്ല ഈമ് ഇരുമിലേക്ക് പോയാലേ പറ്റിയാൽ കിട്ടുള്ളൂ അപ്പൊ രാജാവ് ആകാ ചെറുതായില്ലേ ചതക്കു നിങ്ങളെ പറഞ്ഞതാ ശരി മക്കളെ നിങ്ങളെല്ലാരും പള്ളിയിൽ പോയിട്ട് ജനങ്ങളെ കൂട്ടത്തിന്ന് കേട്ടോളിന്ന് പറഞ്ഞു ഇനി നമ്മൾ അബു ഹനീഫ റവിയോഹു വന്നു അങ്ങനെ അവരെ സ്വന്തം പേരറിയാം നോമാന പി ഞാൻ നോമാൻ ഒരാൾക്ക് പേരിടാൻ വിചാരിച്ചിട്ടുണ്ടായി പക്ഷേ എഴുതാനും പറയാത്താണ് ഉച്ചരിക്കാനും പറയാൻ ആവും നൂമാനാവുന്നില്ല അത് വിചാരിച്ചിട്ടു വാ അബു ഹനീഫിയാഹു വന്നു അനപ്രം ബില്ലാഹിന്റെ അടുക്ക കേലിമത്ത് മുട്ടിട്ടുണ്ട് ആ അരീഫം ബില്ലാഹി തആല അല്ലാഹുനെ കൊണ്ട് ആരിഫായിക്കുന്നു ഖായിഫ മിൻഹു ആയിരുന്നു മുരീദൻ വതിഹ അല്ലാഹു തആല ബി ഇൽമിഹി ഇ Ilmu കൊണ്ട് അല്ലാണ്ട വദീനെ തേടുന്നവരായിരുന്നു ഫമ്മാ കാനു ആബിദൻ മൂപ്പരാബിദാണ് എന്നതിന്നു ഫയോറഫ ബിമാ റവിയ ഹൻ ഇബ്നുൽ മുബാറക് അബ്ദുല്ലാഹി ബിനുൽ മുബാറക്കി റസൂലുള്ളാഹിന്റെ അടുത്ത് വിവാതി ചെയ്യപ്പെട്ട അന്നഹു ഖാല كان ابو حنيفه رضي الله عنه له مروته وكثرت صلاته ابو حنيفه इमाम ने मल्ला एक व्यक्ति तो आदानोडापम दादान नमस्कारम ഉണ്ടായിരുന്നു വറവഹമ്മദ് ഇബ്നു ابي सुലൈമാൻ റضي الله عنه ഇബാദ ചെയ്യുന്ന അനെഹു കാണാ യുഹിയ ലൈല കല്ലഹു ദാത്തി മുളവനം അയാപാക്കുന്നവരായിരുന്നു അവ ابو حنيഫ ഇമാമൻ ചാക്കടതോട് കൊടുക്കും ബിവിരക്തിുന്നാണ് ജീദഹമനൂ െ നിപ്പല്ലയിലെ ആദ്യകാലത്ത് രാത്രിയുടെ പ്രകൃതിഭാഗം അയാസാക്കുമായിരുന്നു പമാലീഖൻ അപ്പോൾ ഒരു ദിവസം ഒരു വഴിയിൽ കൂടി നടക്കുന്നു ഇല ഇൻസാനുൻ ഒരാൾ കൂപ്പറക്കൊണ്ട് വിരൽ ചൂണ്ടിച്ചു പറഞ്ഞ് വഹുവം ശ്രീ തക്കാളി ആഹ് മറ്റയോട് പറയുന്നു هذا هو الذي يحيي الله كله لا تلملغن حياتك ورعضه فهو نور عرفتين أبوذك ما من البدي بذورتك وفهوذيهم فرقوا الله فهو ملغن يدل الله عنه من نظر فلم يدل بعد ذلك آس امسالك أقدم ذل مفرده يحيي الله كله لا تلملغن حياتك ورعضه وقال بجبن أنا التحيي من الله سبحانه وتعالى أن نوتف بما ليس فيه من عبادته എന്നിടില്ലാത്ത വിവാദത്ത് കൊണ്ട് എന്നെ ഒസ് പറഞ്ഞ ആളെന്നല്ലോ ഞാൻ നാണിച്ചു പോയി എന്നാൽ മുഴുവനായാത്താക്കുന്ന ആളുകൾ വസ്തു പറഞ്ഞത് പകുതിയിലുള്ളൂ അപ്പൊ ഇല്ലാത്തത് വാറതെ പണിക്കുന്ന ആണ് കടയിൽ പോയി എന്നാവിന്ന് പേരെടുക്കാൻ വേണ്ടിയാണെങ്കിൽ പിന്നെ കിട്ടേണ്ട വ്യക്തിയില്ലേ പകുതി ചെയ്തിട്ട് എത്തി പോലീസ് വ്യക്തിയില്ലേ അതിലെല്ലാം و ما ذو ذو فقد ربي يعني الربيع بن الحسين رضي الله عنه तो काल ارسلني يزيد بن عمر بن حبيره तने आयछु ए फकदिनतो ابي حنيفه तव रضي الله عنه അങ്ങനെ ابو حنيফ ഇമാમને கூட்டிলে ഞാൻ പോയി يزيدന്റെ അടുത്തെ ഫഹറാ ദഹവ അയകന ഹാകിമന ല ബൈത്തുൽ المال എന്നെ ഉപ്പരെ വിളിക്കാൻ ആക്കിയെന്നറിയോ ബൈത്തുൽ المال ന ഹാകിം ആണോന്ന് അറിയണ്ട ഫഹബ ഉപ്പരെ കൊമ്പിക്കില്ല ഞാൻ മേടറു കൊLambda ൻ ഇരുപതടിയാ കൊടുത്തത് ചാട്ടന്മാരോണ്ട് ഇരുപതടി ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കലിനെ തൊട്ട് മൂപ്പര് ഓടുകയും അല്ലാത ഇരുപതടി അബിഹനീ പത്ത് റബിയം വരുന്ന വിഷയത്തിൽ ഞാൻ ഷാമിൽ വെച്ച് സംസാരിച്ചു അന്നു കാനമിൻ അമാനത്തൻ എന്താ സംസാരം അമാനത്താൽ ഏറ്റവും ഏറെക്കടയുള്ളവരാണ് അരി അബുഹനിമാം എന്ന് ഞാൻ ഷാമിൽ വെച്ച് സംസാരിച്ച വാറാതം സുൽഫാനും അലായത്തമെല്ലാം അഫാത്തിനി അപ്പോ ഹസാനന്റെ താക്കോൽ മുഴുവൻ ആർക്കേൽപ്പിക്കാൻ തീരുമാനിച്ചു ഹിമാമിനെ സമാനത്തിൽ ലക്ഷ്യമേഖയിൽ എന്ന് തിരിച്ചല്ലോ എല്ലെങ്കിലോ ആഹുറഹു അത് ഏറ്റെടുക്കാത്ത പക്ഷമാണെങ്കിൽ മുപ്പറ അടിക്കാനാ തീരുമാനം എന്തെടുക്കുന്നില്ലാത്ത അള്ളാഹുവിന്റെ അതാബിനേക്കാണ് നിങ്ങൾ അലാബാന്ന് എനിക്ക് എളുപ്പമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടിച്ചു വന്നാൽ ഉത്തരവാദിത്തൽ മുബാറക് റബിയല്ലാൻ എടുക്കൽ അബുഹനീഫിമാവിനെ പറ്റി പറയപ്പെട്ടപ്പോൾ സക്കാല ൻ റജുലിനെ പറ്റി നിങ്ങളെന്ത് പറയാനാണ് ദുന്യാ മുഴുവനും അതിന്റെ അകമ്പടിയോടുകൂടി ബഹുമാനപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ അവർ എത്തിനെ കുറിച്ച് എന്ത് അബു ജാൽ മൻസൂർ നിങ്ങൾക്ക് പത്തായിരം ദുർഹമദരാൻ വേണ്ടി ജയിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇത് പറഞ്ഞ പക്കാല പൊമാർ അബു ഹനീഫ അബു ഹനീഫി മാമിനെ തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എനിക്ക് രാജാമുദ്രിരുന്നു നിങ്ങൾക്ക് ഉത്തേക്കും തോന്നിയല്ല പിറ്റേന്ന് മൂപ്പറം എന്താക്കി കളിയോ ഉറങ്ങുന്ന നാളെ അച്ഛനാണ് മരിക്കുന്നത് അച്ഛക്കടുത്തം പോകുന്നു കണ്ടാട് പറഞ്ഞു വിളിക്കണ്ട പൈസ കൊണ്ടിട്ട് അന്നത്തെ ദിവസം പൈസ കൊണ്ടേരുമെന്നാ ദിവസം ആ ദിവസം നല്ല സുഭേദിക്കുമ്മ തഹസാ ബി സൗമിനി വാസ്തരം കൊണ്ട് പുറച്ചിട്ട് വലം നിത്തക്കല്ല അമ്മമാരോടൊന്നും മുണ്ടുന്നില്ല കണ്ടാക്കൊന്നു പറഞ്ഞു അവരുടെ അമ്മോടൊന്നും വന്നിട്ടണ്ട അപേക്ഷിക്കുമോ ദിവസോട് പുറപ്പെട്ട് മൂടിയിട്ട് ഉണ്ടാണ്ട് കടത്തിന് പോലും ഉറക്കാന്ന് വെച്ചിട്ട് ഉറക്കു റസൂലുൽ ഹസന്റെ പിന്നെ മാറി ആ ദൂതം വന്നില്ലേ വേഴ്സി അയച്ചു വന്ന് വേഴ്ചയായിട്ട് വന്നപ്പോ പതഹലാണ് ഈ വലം നിൽക്കൽ റൂപ്പറോട്ട് എന്തെങ്കിലും മുണ്ടുന്നു അഭിനിക്ക് ഇവ ഒന്നും മുണ്ടീട്ടില്ല സ്വകാല ബാദമൻ എന്നൊരു അവിടെ ഉള്ളാളെ പറഞ്ഞ് മായുക്കല്ലിമന ഇല്ലാബിൽ കളിമത്തി ബാദൽ കളിമ ഒരു കളിമത്ത് പിന്നെ കഥയെ കഴിഞ്ഞാൽ ഒരു കലിമത്ത് അങ്ങനെ മുമ്പ് സംസാരിക്കാറുള്ളൂന്ന് പറഞ്ഞു അതുകൊണ്ട് ചെറവല വർക്കാനും പറയാൻ ഉറക്കിട്ടൂലി യാദത്ത് ഇതാണ് ഉപ്പറ പതിവ് സ്വകാല നറുൽ മാലി ഹാദൽ ജിതാബി ദാദിയത്തിൽ ആ വീട്ടിന്റെ മൂലക്കഥ ഒരു കൊട്ട ആ കൊട്ടയിലെ പൈസ വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊള്ളി മനസ്സിലാക്കുന്നുണ്ടോ പിന്നീട് വീട്ടിലുള്ള മഹായ് ഒത്തിയത്താക്കി വക്കാല ലിപിനി മോനോടെന്താ പറയുന്നറിയോ ഇതാ മിറ്റു മോനി ഞാൻ മെഴിച്ചതിനു ശേഷം ഇങ്ങനെ മാറാടൂലേ ആ കൊട്ടയിലുള്ള സാധനാ എടുത്തിട്ട് പോകണം പൈസ ഉണ്ടെന്നാല് അവിടെ കൊടുത്തിട്ട് പറയാൻ അബ് ഹനീഫന്റെ വലിയ വധിയ വെച്ച സാധനം മടക്കിയെടുക്കണെന്ന് പറഞ്ഞു സൂക്ഷിക്കാൻ പറ്റിയ സാധനം മടക്കിയെടുക്കാൻ പറഞ്ഞു ഫഖാല മഖാല ഇൻഹു മവാബൈന ഫഫഅൽത ളാലിക ഉപ്പോതിയതെ പറഞ്ഞല്ലേ അതുപോലെ ഞാൻ ചെയ്തത് ഫഖാലൽ ഹസൻ പറയുന്നു എടിക്കമായി രഹ്മതുല്ലാഹി അലൈക മുഓനേ എൻ്റെ ഉപ്പാ അല്ലാഹു റഹ്മതുൻ താട്ട മുഓനേ ഫറഖദ ഖാല തഹീനനാദീഹി ദീനനാ അത്രമാത്ര മറുഗ പിടിക്കുന്ന ആളായിരുന്നു എൻ്റെ വാപ്പാ അപ്പോൾ ഈ ഇമാമിന്റെ മോനോടാണ് മറ്റേതൊന്ന് പറയുന്നത് നിങ്ങളുടെ ഉപ്പാ നീ അത്രമാത്രം കൂറു ഉള്ള ആളായിരുന്നു വറമിയന്നു തുണിയ വിലായത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടപ്പോൾ അതിനെ കൊള്ളൂല എന്ന് പറഞ്ഞു ഏ എന്നെ വിട്ടൂലല്ല കൊള്ളീമ എന്തിട്ടാ പറ്റുന്ന ഞാനിപ്പ കൊള്ളൂല എന്ന് പറഞ്ഞില്ല കൊള്ളൂല എന്ന് പറഞ്ഞത് ഒരുപക്ഷെ നേരാകാം അല്ലെ കടകാകാം വന്നിക്കൊണ്ടി ഞാൻ കൊണ്ടൂല എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് നേരാനല്ലേ കളകാൻ നേരാനിങ്ങനെ കൊള്ളാത്തളി ഇല്ലെന്നില്ല കൊള്ളത്താളെ കളിയാക്കാൻ പാടില്ല കളകാ പറഞ്ഞെങ്കിൽ ഇപ്പറഞ്ഞ് കളകായതുകൊണ്ട് കളവറിയുന്ന ആളെ കളിയാക്കാൻ ബസൂലല്ലേ ഞങ്ങൾ കൊണ്ടൂരാന്ന് പറഞ്ഞത് നേരന്ന് എന്താ പറഞ്ഞു കൊള്ളത്താളി ഇ പറഞ്ഞത് കളകാണോ കൊള്ളുന്നാണ് കൊള്ളുന്നു കളവ് എന്നാണെങ്കിൽ കളിയാക്കി അനുഭവിച്ചു പ്രക്കാര അപ്പം പറഞ്ഞു ഇൻകുന്തുതിക്കൻ ഞാൻ പറഞ്ഞ നേരാന്നെങ്കിൽ ഇപ്പൊ മാള്ളാത്തളാം ഓൻകുന്തു കാതിപൻ എനിക്ക് പറഞ്ഞത് കളകയാവും ഫൽ കാദിപൻ ആയിട്ട് കടവടെ കളയാൻ പറ്റില്ല واما ilmu bi tarikhil lahi wa tarikh umurid dini wa ma'rifatihi billahi azza wa jalla Allahu lakunulla ma'rifati dininde umurul fazloogathilulla ilmu kondulla arifu fayadul alayi jiddat tawfihi minallahi ta'ala wa zawbihi fid dunya Allahun petiyulla khawfun ദുന്യാവിലുള്ള Zuhudum adanu arīkunad ibkaad qaal ibn urayz radhiyallahu anhu qad balaganee an kufīyikum hazan nu'man ibn thabit innahu thabītul khawfi lillāhi ta'ālā ibn urayz thangal varunariyō ningala kufīyaya oraalille aalannade an nu'man ibn thabit oranjathu abanī thiimābinne swantham peru nu'man ibn thabit namallo ആ കൂപ ആയ ആളെ തൊട്ടിൽ ഒഴിച്ച് കിട്ടിയിട്ട് അല്ലായി വളരെ ഭയപ്പെടുന്ന ആളായ നീണ്ട നേരം മോനമായിരിക്കുന്നവരായിരുന്നു ചിക്കറുദായ്മയായവരായിരുന്നു ജനങ്ങളോട് സംസാരം കുറവായിരുന്നു ും ദുഹതം ഒരാൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൽമായ മുഴുവനും വലു കിട്ടിയല്ലോ ുംഹബാലൽ ചരിത്രങ്ങൾ ഇപ്പൊട്ട ചെറിയൊരു അംശാനാണ് ഇപ്പൊ പറഞ്ഞത് ഇനി ഞാൻ വാക്കിയുണ്ട് അഹമ്മദ് ബിൻ ഹമ്പൽ അല്ലേ അത് നമ്മക്കിട്ടാ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കലാമുകൾ പലരും ഉദ്ദേശിക്കും എന്താ നീ മനസ്സിലാക്കാതെ അല്ല വിഷയം മാർന്നാക്കിയാണ് മുമ്പ് പറഞ്ഞ മൂന്നാളുകളുടെ അസുബായങ്ങളേക്കാൾ അത്തുപായ കുറവായിരുന്നു ഇവർക്ക് രണ്ടാക്കുന്നു എന്നാൽ ഈ രണ്ടാളിൽ ആരാണെന്നും കുറഞ്ഞത് സുഫിയാന സൗദി അക്കൽ അത്തുബാമിന്റെ അഹമ്മദ് അഹമ്മദിമാമിനേക്കാൾ സുഫിയാനി സവദിക്ക് ആൾക്കൂട്ടം കുറവായിരുന്നു എന്തെങ്കിലും കാരണം എന്താണ് അവരുടെ ഇസ്തിഹാറ ബിൽ വറായിബ് സുഹൃത്തി അനഹാറ വറായ് കൊണ്ട് സുഹൃത്ത് കൊണ്ട് അച്ഛറായി പോയി അത്ഹറായിപ്പോ അധികാൾക്ക് ഇഷ്ടിഹാറും സുഹൃതി അനഹാർ അവ വറൈന്റെ ഹനഹാറ കൂടെ അധികാൾക്കും അത്ഭങ്ങൾ കൂടുതൽ കൂടിക്കില്ലല്ലിതാബ് നമ്മളെ കിതാബ് മുഴുവനും ഹിഖായത്തെ അക് അവർ രണ്ടാളുടെയും അഫ്ലാൽ അക്കമാലിന്റെ ഹിക്കായത്ത് കൊണ്ട് ഉറക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പല തന്നെ തപ്സിലാക്കി പറഞ്ഞു നൂത്ര കലാമിങ്ങനെ വരും മേൽപ്പറയപ്പെട്ട മൂന്നാളുകളല്ലാത്ത ആരിൽ നിന്ന് ചിന്തിക്കും ഈ പറയപ്പെട്ട അഹവാലുകൾ ഈ അഖബാൽ അഫ് ആൽ എന്ത് വിഷയത്തിൽ ദുന്യാവിനെ അവഗണിച്ചുകൊണ്ടും അള്ളാഹുവിന് വേണ്ടി മാത്രം തജറുണ്ടാകുന്ന ഒരു അഹവാൽ നമുക്ക് കാണല്ല ഇതിനുണ്ടാക്കി കൊടുത്തത് ചലം ഇചാരത്ത് വിഹാറ് ഈരാഗ് നിഹാൻ തുടങ്ങിയ പിതായ മസാലിൽ കൂടി പഠിച്ചുണ്ടാക്കിയതാണോ എന്നാണ് ചോദിക്കുന്നു അത് ബന്ധം അസിമ ഇൽമൻ നാഹർ അല്ല മറ്റൊരു ഇതിനുണ്ടാക്കി കൊടുത്തത് ആയുറഫമെന്നു ഈ പറയപ്പെട്ട പുറഞ്ഞാത്തിനെ കാണാം ആയുരഫമായ വേറെ ഇരുമുകൊണ്ടാണോ ഇത് കിട്ടിയെന്ന് പറഞ്ഞോ ഇരല്ലധീനാബിഹാവുലായി ഇവരൊക്കെ ബിബറ്റ് നടക്കുന്ന ആളാ ഞമ്മോന്ന് വാദിക്കുന്ന ആളുണ്ടല്ലോ അന്നെ കുട്ടിച്ചാസ്യങ്ങളും കുട്ടിമുട്ടിച്ചാതി കീഞ്ഞ കാലം ആ ശ്രതക്കുമോ താവാദം നല്ല ഇവർ ആ വാദം ശരിയോ തെറ്റോ എന്ന് ഇനി ആലോചിച്ചപ്പോഴത്തുള്ളൂ സാധിക്കായ വാദമാണോ അല്ല കാര്യമായ വാദമാണോ എന്നത് ചോദിച്ചു അതൊന്നും ഇതെന്താണ് സീമ ജുമില്ലാമിൽ മഹമൂദ ജനങ്ങളെ കാഴ്ചപ്പാടിന് മഹമൂദ ഇരുമിലാദിപ്പോ ഇല്ലെന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ വഹിച്ച മുന്നിൽ അതുവരെ യാതൊരു ബന്ധവും ഇല്ലാത്ത കുറെ നിലപാട് ഉണ്ടെന്ന് പറയാൻ പോകുന്നത് ജനങ്ങളെ കാഴ്ചപ്പാടിലവൻ അതോന്നെങ്കിൽ ലോകമെന്റ് ഒക്കെ പറഞ്ഞ വലിയ കേളിയാണ് പുറമെ പക്ഷേ മെഹമൂലത്തായ ഇരുമിൽപ്പെട്ട ഒരു സ്ഥാനം ഇന്ന്